എട്ടാമത്തെ ദശകം പ്രളയങ്ങളെക്കുറിച്ച് പറയുന്നു എന്താണത് ഏവം താവൽ പ്രാകൃത പ്രക്ഷയാൽയാതിമേല ബ്രഹ്മാവോയേവാപ്യവേദാൻ സൃഷ്ടിം ചക്രേപൂർവകൽ പോവാൻ ബ്രഹ്മാവരി ജ്ഞാനം കിട്ടി എന്താ ജ്ഞാനം എല്ലാറ്റിനും പിന്നിൽ ഭഗവത് ചൈതന്യമാണ് ആ ഭഗവത് ചൈതന്യത്തിൽ നിന്നാണ് മനസ്സു നീതിരിയുന്നത് ആ മനസ്സിൽ നിന്നാണ് മനസ്സിലാണ് കാമം ഉണ്ടാവുന്നത് കാമത്തിൽ നിന്നാണ് കർമ്മമുണ്ടാവുന്നത് കർമ്മത്തിൽ നിന്നാണ് ബീജമുണ്ടാവുന്നത് ബീജത്തിൽ നിന്നാണ് സന്താനം ഉണ്ടാവുന്നത് ഇതൊക്കെ ആർക്ക് ക്ലിയറായി കിട്ടി അപ്പൊ ഇതിനെല്ലാം നിൽക്കുന്നത് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യമാണ് പക്ഷെ ചൈതന്യമല്ല സൃഷ്ടിക്കുന്നത് സൃഷ്ടിക്കുന്നതെല്ലാം മനസ്സിലെ കാമം അത് തന്നെയാണ് ഇതെല്ലാം മനസ്സിലാക്കിയ അദ്ദേഹം നേരത്തെ പ്രളയത്തിൽ ലയിച്ചിരുന്ന പ്രാകൃത പ്രക്ഷയാതെ ആദ്യമേ രാമേ കൽപ്പേ ഇതെല്ലാം ലബ്ധജന്മാ ബ്രഹ്മാപൂജ ആരായി തീർന്നു ബ്രഹ്മാവ് പ്രകടമായി എന്ന് വെച്ചാൽ കാമം പ്രകടമാവുന്നതിനെയാണ് ബ്രഹ്മാവ് പ്രകടമാവുന്നത് എന്നിട്ടോ ആദ്യ ആദ്യപൂർവകൽപ്പോപമാനം സൃഷ്ടി ചക്ര മുൻ ചക്രത്തിൽ പോകുന്ന പോലെ യുഗത്തിൽ നിന്ന പോലെ വീണ്ടും സൃഷ്ടി ചക്രങ്ങൾ സൃഷ്ടികാര്യങ്ങൾ തുടങ്ങി എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ചാല് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒന്നും പുതിയതായിട്ടൊന്നും ഉണ്ടാവുന്നില്ല എല്ലാം നേരത്തെ ഉള്ളത് മറ്റൊരു രൂപത്തിൽ ഉണ്ടാവുന്നു എന്ന് മാത്രം നോക്കൂ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണേ അതുകൊണ്ടിവിടെ രണ്ട് വാക്കുകൾ ഇംഗ്ലീഷിൽ അവർ ഉപയോഗിക്കും ഒന്ന് ഇൻവെൻഷൻ രണ്ട് ഡിസ്കവറി ഇതുവരെ ഇല്ലാത്തതിനെ കണ്ടുപിടിക്കുന്നതിനെ ഡിസ്കവറി എന്ന് ഉള്ളതിനെ കുറേ കൂടി മോഡിഫൈ ചെയ്യുന്നതിന് ഇൻവെൻഷൻ എന്ന് പറയും നമ്മൾ ഡിസ്കവറി എന്ന് പറയുന്നത് പറയുന്നു ഒരു ഗ്രഹത്തെ ഡിസ്കവറി ചെയ്തു ശരിക്കും ഡിസ്കവറി ആണോ അത് നമ്മൾ പത്രത്തിലൊക്കെ വായിക്കുന്ന ഒരു ഇതാണ് എന്ത് ശാസ്ത്രജ്ഞന്മാര് പുതിയൊരു ഗ്രഹത്തെ കണ്ടെത്തിയിരിക്കുന്നു വാസ്തവത്തിൽ ഡിസ്കവറി അത് നേരത്തെ ഉള്ളത് തന്നെ പിന്നെ മോഡിഫൈ ചെയ്യാണ് അവര് ഇതുപോലുള്ള ഏത് കാര്യം നോക്കിക്കഴിഞ്ഞാലും നേരത്തെ ഉള്ളത് മോഡിഫൈ ചെയ്തിട്ടാണ് ഇപ്പൊ നിങ്ങളുടെ കയ്യിലൊരു മൊബൈൽ ഫോൺ ഉള്ളത് നേരത്തെയുള്ള ഫോണിന്റെ ഒരു മോഡിഫൈഡ് രൂപമാണ് ഇനി കുറെ കഴിഞ്ഞാൽ നമുക്ക് ഫോൺ ഇല്ലാതെയും സംസാരിക്കാൻ പറ്റുന്ന ഒരവസ്ഥ വരും കണ്ടൊരു കാരണം അവർ പറഞ്ഞ പോലെ കാരണം സർക്കസ് കാണാൻ പോയി ഈ സർക്കസിലുള്ളൊരു ഒരു ചടങ്ങ്തായിരുന്നു ഐറ്റം ഈ വളയത്തിൽ ഇങ്ങനെ ചീര ചുറ്റി അതിൽ തീ കൊളുത്തിയിട്ട് അതിനുള്ളിൽ ചാട് ആദ്യം വലിയ വളയം പിന്നെ ചെറിയ വളയം പിന്നെ അതിലും ചെറിയ വളയം ഇത് കണ്ടപ്പോ കാരണം അവർ ഉറക്കം ഒഴിച്ചു പറയണം ഇക്കണക്കിന് നീ വളയം ഇല്ലാതെയും ചാടും തോന്നു പോകുന്നു അതിനിങ്ങനെ വളയത്തിൽ കൂടെ ചാടി ചാടി ചാടി ചാടി കുറേ കഴിഞ്ഞാൽ കുറേ എല്ലായിടത്തും താളം തോന്നുന്നുണ്ട് ഈ കണക്കിന് ഇതുപോലെ നമ്മൾ പഴയതിൽ നിന്നും റിഫോം ചെയ്ത് റിഫോം ചെയ്ത് പുതിയത് പുതിയത് പുതിയത് വരുന്നു ഇവിടെ ഉള്ളതെല്ലാം നേരത്തെ തന്നെ ഉള്ളതായിരുന്നു ഇപ്പൊ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വിളിക്കുന്നതിന് പകരം പണ്ട് മൊബൈൽ ഫോണിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല ഇവിടെ മനസ്സിൽ വിചാരിച്ചാൽ മതി എന്നാ ആളുകൾ ഇവിടെ വരണം എന്ന് നാളുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന കേട്ടിട്ടുണ്ട് ടെലിപതി സമ്പ്രദായം ഉണ്ടായിരുന്നു ടെലിപതി പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ആൾക്ക് വേറൊരു സ്ഥലത്തിരിക്കുന്ന ആൾക്ക് വേണ്ട കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മുടെ പഴയ കാലത്ത് ഞാൻ അതൊക്കെ പക്ഷെ രാജാക്കന്മാരുടെ കാലത്ത് ഇൻഫർമേഷൻ കെട്ടിവിട്ട് അയക്കുന്ന കാലുണ്ടായിരുന്നു കമ്മ്യൂണിക്കേഷൻ അന്നുമുണ്ട് പുതിയത് കണ്ടുപിടിക്കുകയല്ല ആണോ പക്ഷെ ഇന്ന് നമ്മൾ കാണുന്ന അതിനേക്കാളൊക്കെ മോഡിഫൈഡ് രൂപങ്ങളാണ് അന്ന് മിസൈലുകൾ ഇന്ന് മിസൈലുകളുണ്ട് അന്ന് അസ്ത്രങ്ങളുണ്ട് അപ്പൊ നമ്മുടെ ഭാരതത്തെ സംബന്ധിച്ച് ഇന്ന് എന്തുണ്ടോ അന്നെല്ലാം വേറെ രൂപത്തിൽ വേറെ വിധത്തിലുണ്ടായിരുന്നു അന്നും വിമാനം ഉണ്ടായിരുന്നു അന്ന് വിമാനം ആരുടെ കയ്യിലൊക്കെ രാവണന്റെ കയ്യിലുണ്ടായിരുന്നു പിന്നെ കർതവന്റെ കയ്യിലുണ്ടായിരുന്നു ഓ അവരെയൊക്കെ വിമാനമുള്ളവരായിരുന്നു രേവനിയെ പാർട്ടീസപ്പെടുത്താൻ കണ്ടായിരുന്നു വിമാനമുള്ളവര് പക്ഷേ കർതവം എന്താണ് രാവണൻ വിമാനം ഉപയോഗിച്ചത് ആറ് തട്ടിക്കൊണ്ടുവരാനും വേണ്ടാത്ത കാര്യങ്ങൾക്കൊക്കെയാണ് ഉപയോഗിച്ചത് കർതവനാണെങ്കിൽ വൈഫിനെയും കൊണ്ട് കരഞ്ഞാനാണ് ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ആരും ഉപയോഗിക്കേണ്ടിയിരുന്നില്ല ട്രാൻസ്പോർട്ടേഷൻ അന്ന് വാഹനം വേണ്ടിയിരുന്നില്ല വിഭീഷണൻ ലങ്കയിൽ നിന്ന് ഇങ്ങോട്ട് നിന്നത് വാഹനം ഉണ്ടായിട്ടാണോ ശ്രീരാമസ്വാമിയുടെ അടുത്തേക്ക് എത്തുന്നത് അടുത്ത് തന്നെ വാഹനം ഇനി രാവണൻ തന്നെ എന്താണ് രാവണനല്ല ഹനുമാൻ സ്വാമി പോകുന്നത് വാഹനം ഉണ്ടായിട്ടാണോ അന്നുള്ളവർക്ക് വാഹനമില്ലാതെ തന്നെ യാത്ര ചെയ്യാൻ സാധിക്കുമായിരുന്നു എന്തോ ഭാഗ്യത്തിന് നമുക്ക് ആ സൗഭാഗ്യം തരാത്തത് കാരണം കുറെ ആൾക്കാരല്ലെങ്കിൽ പട്ടിണിയിലായി പോവും നിങ്ങൾക്ക് ഇന്ന് ഇവിടുന്ന് വിചാരിച്ചിപ്പം ബദലിയിലെത്താൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ ക്ലാസ് എടുക്കണം ഞങ്ങൾ വിട്ടു അങ്ങനെയാവരുത് ഇനി കാലം കഴിയും തോറും ആളുകൾക്ക് അത്തരത്തിലുള്ള ക്രമേണ ക്രമേണ പോയി പിന്നെ അവർ ബസ്സിലിരിക്കണം കാറിലിരിക്കണം ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വന്ന് ഈ മെഷീനറീലീസിലേക്ക് നമ്മുടെ ജീവിതം വരും അങ്ങനെ ബ്രഹ്മാവ് നേരത്തെ കൽപ്പത്തിലുണ്ടായിരുന്നതെല്ലാം ജയിച്ചതെല്ലാം വീണ്ടും അങ്ങോട്ട് പ്രകടമാക്കി ഇതെല്ലാം പണ്ട് ഒരു ഒന്നിനൊരു പുതുമ എന്ന് പറയണം ഇപ്പൊ കല്യാണം കഴിക്കണോ കുട്ടികളുണ്ടാവണോ അതിലൊരു പുതുമ ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് പുതുമയായിട്ട് അവർക്ക് തോന്നുമെങ്കിലും നമ്മൾ ഈ ജീവിത ചക്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിലെന്താ ഒരു പുതുമുള്ളത് ഉണ്ടോ അച്ഛനും കല്യാണം കഴിച്ചിട്ടും ഇത് തന്നെയായിരുന്നു പ്രക്രിയ അവരോ അച്ഛനും അമ്മയും കല്യാണം കഴിച്ചിട്ട് ഇത് തന്നെയായിരുന്നു മുഴുവൻ കല്യാണം കഴിച്ചാലും പ്രക്രിയയല്ല കല്യാണം ഭക്ഷണം കഴിക്കുന്നത് തന്നെയാണ് എല്ലാ പ്രക്രിയ തന്നെയാണ് പുതിയൊരു പ്രക്രിയ എവിടെയില്ല ഒരിക്കലും മൂന്ന് ചെറുപ്പക്കാരിന്ന് വലിയ ചർച്ച ചെയ്യാണ് അപ്പൊ അമേരിക്കക്കാരൻ പറഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ ബില്ലിംഗ് അമേരിക്കയിലാണുള്ളത് അതും ബില്ലിങ്ങിന്റെ കാര്യം പറയുകയാണെങ്കിൽ അത് ആകാശം മുട്ടുന്ന ബില്ലിംഗ് അവിടെയുള്ളൂ എന്ന് അപ്പൊ കൂട്ടുകാരി ആകാശം മുട്ടുവോ അവർ പോയിട്ടില്ല അമേരിക്കയിൽ ഏ അത്രയും മുട്ടില്ല ഒരു രണ്ടിഞ്ച് താഴെയായിരുന്നു അത്രയേ ഉള്ളൂ ഓ അപ്പൊ ഇത് കേട്ടപ്പം സൗത്ത് ആഫ്രിക്കക്കാരെ വിട്ടില്ല അവൻ പറഞ്ഞു ആകാശം മുട്ടുന്ന വൃക്ഷങ്ങൾ ലോകത്തിലെ സൗത്ത് ആഫ്രിക്കയിലേ ഉള്ളൂ ഓ അപ്പം മറ്റേ ശരിക്കും അങ്ങനെ തന്നെയാണോ ഇല്ല രണ്ടിഞ്ച് താഴെ ഉടനെ ഇന്ത്യക്കാരൻ വിടുമോ നമ്മള് അടിക്കാൻ ബെസ്റ്റ് നമ്മളല്ലേ പ്രത്യേകിച്ച് മലയാളികള് അയലും പെട്ടില്ലേ അയലും പഠിച്ചു കേരളക്കാരെ മുഴുവനുണ്ടല്ലോ മൂക്കുകൂടിയ ഭക്ഷണം ഒരു എണ്ണല്ലേ അത് മൂക്കുകൂടെ അവർക്ക് ആശ്ചര്യം കേരളത്തിലുള്ള ഒരു മൂക്കുകൂടിയാണോ കഴിക്കാറ് ഇല്ല രണ്ടിഞ്ച് താഴെയാണ് നീക്കൊക്കെ രണ്ടിഞ്ച് താഴെയില്ലേ എന്നാ ഞങ്ങൾക്കും രണ്ടിഞ്ച് താഴെയുണ്ട് അപ്പൊ അത്രയും ബ്ലഡ് റെഡിയാൻ പറ്റും ഇതൊക്കെ പണ്ടുണ്ടായിരുന്നു തന്നെയാണ് വീണ്ടും ഇതെല്ലാം ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് തരുന്ന നോക്കൂ നിങ്ങൾ പഴയ അവസ്ഥയിലേക്കല്ലേ പോകുന്നത് പണ്ടുള്ളവർക്ക് വസ്ത്രം ആവശ്യമുണ്ടായിരുന്നില്ല പിന്നെ വസ്ത്രം കുറച്ച് വസ്ത്രമായി പിന്നെ അത് കഴിഞ്ഞിട്ട് വസ്ത്രം കൂടിക്കൂടി വന്നു ഇപ്പൊ വീണ്ടും എങ്ങോട്ടാണ് എത്തുന്നത് എവിടേക്ക് എത്തുന്നത് നോക്കൂ നിങ്ങൾ പൊതുവേ ഒന്നുമില്ലല്ലോ അതല്ലേ ഞാൻ പറഞ്ഞു വയസ്സായി ഇങ്ങനെ ടിവിയുടെ മുന്നിൽ ഇരിക്കുന്ന സമയത്ത് പറഞ്ഞു അറിയില്ല അങ്ങനെ ഈ ഷോ വന്നു ഫാഷൻ ഷോ ു എന്താ ഉണ്ണി ഇങ്ങനെ വസ്ത്രമില്ലാത്ത സ്ത്രീകളൊക്കെ വരുന്നു പറഞ്ഞു അത് ഉണ്ണിക്ക് പറയാൻ പറ്റും ഇതൊരു എല്ലാ ഷോ ആണെന്നൊക്കെ ഇതാണ് ലേറ്റസ്റ്റ് സിനുവേഷൻ എന്നൊക്കെ എളുപ്പമൊഴിക്ക് പറഞ്ഞു അവരൊക്കെ പണമില്ലാത്തവരാണ് മുത്തച്ഛൻ ഉടനെ മുത്തശ്ശന്റെ കമന്റ് എന്താ വെച്ചാൽ തീരെ പണമില്ലാത്തവര് വരുന്നതിന് മുമ്പ് എന്നെ കട്ടിൽ കൊണ്ട് കിടത്തിക്കൊള്ളുമെന്ന് റിത്തരിട്ടാണെന്നുള്ളത് ഇപ്പോഴല്ലേ മനസ്സിലാക്കിയത് ഇതുപോലെ കാലം അതിലേക്ക് തന്നെയാണ് നമ്മളെ തിരിച്ചു കൊണ്ടുപോകുന്നത് അപ്പൊ ബ്രഹ്മാവ് നേരത്തെ ലയിച്ചതെല്ലാം വീണ്ടും പ്രകടമാക്കി പ്രകൃതിയിൽ ഇതാ നടക്കുന്നതേ കടലിലേക്ക് ഈ എത്തുന്നു ഗെങ്കിലെ വെള്ളം അല്ലേ വീണ്ടും അവിടെ നിൽക്കുന്നുണ്ടോ അത് പാവം അതെല്ലാം വീണ്ടും എരാവിന്റെ മുകളിലെത്തി ഇനി ഇവർക്ക് അവിടെ എവിടെ നിന്ന് വീണ്ടും അരുവിയെ പുഴയെ വീണ്ടും ഒഴുകിക്കൊണ്ടേയിരിക്കണം ഈ മനസ്സിലും ഇത് കാര്യം എത്ര മനസ്സ് അതിന്റെ ഉറവിടമായ ആത്മാവിലേക്ക് ചൈതന്യത്തിലേക്ക് ലയിക്കുന്നില്ലയോ അത്രയും കാലം പുനരഭിജനനം പുനരഭിമരണം അങ്ങനെ ബ്രഹ്മാവ് വീണ്ടും ഇതെല്ലാം സൃഷ്ടിച്ചു എന്നിട്ടോ എന്തൊക്കെയാണ് സൃഷ്ടിച്ചത് സോയം ചതുര്യുഗ സഹസ്രമിതാവൻശരജനീ ബഹുശോദിനായ നിദ്രാത്യസോത്മം സ്വസൃഷ്ടൈമിത്തിക പ്രളയമാഹുരതോളത് നൈമിത്തിക പ്രളയമാരാം പറയുന്നു ഇപ്രകാരം ചതുര്യുഗ സഹ സഹസ്രവിതാനി അഹാനി താവൻമിത രചനീച്ച ബഹുഷനായ ഈ ബ്രഹ്മാവ് ആയിരം ചതുര്യുഗക്കാലം പകലും അത്ര തന്നെ രാത്രികളും കഴിച്ചുകൂട്ടിക്കൊണ്ട് ആ സൃഷ്ടിയോടൊപ്പം അങ്ങേ ലയിച്ചുകൊണ്ട് സ്വസൃഷ്ടി സമം തൊയ്യിലിയ നിദ്രാതി പറയും എന്നിട്ടോ ആ നിദ്രയാണ് നൈമിത്തിക പ്രളയമാഹൂ നൈമിത്തിക പ്രളയം എന്ന് പറയുന്നത് നാല് തരത്തിലുള്ള പ്രളയമുണ്ട് ഞാൻ നിങ്ങളോട് നേരത്തെ രണ്ട് പ്രളയം പറഞ്ഞത് ഏതൊക്കെയാണ് നിങ്ങളോട് പറഞ്ഞു ഞാൻ പ്രാകൃത പ്രളയം എന്നൊരു പ്രളയവും പിന്നീട് ബ്രഹ്മപ്രളയം എന്നൊരു പ്രളയമുണ്ട് എന്താ പ്രാകൃത പ്രളയം എന്ന് പറഞ്ഞാല് പ്രാകൃത പ്രളയം എന്ന് പറഞ്ഞാല് ഈ ശരീരം അത് വന്നിരിക്കുന്ന പഞ്ചഭൂതങ്ങളിലേക്ക് ലയിക്കുന്നതിനെയാണ് പ്രകൃതിയിലേക്കുള്ള ലയം അപ്പൊ ബ്രഹ്മപ്രളയം എന്ന് പറയുന്നതോ ചൈതന്യത്തിൽ നിന്ന് വന്നിരിക്കുന്ന മനസ്സ് അതിന്റെ ഉറവിടമായ ചൈതന്യത്തിലേക്ക് തിരിച്ച് ലയിക്കുന്നതിനെയാണ് ബ്രഹ്മപ്രളയം അപ്പൊ പിന്നെ രണ്ട് പ്രളയം ഇനിയുണ്ട് അതേതാണ് ഒന്ന് നൈമിത്ക പ്രളയമെന്നും പിന്നെ രണ്ടാമത് ഒന്ന് നിത്യപ്രളയെന്നും അപ്പൊ നിത്യപ്രളയം നൈമിത്ക പ്രളയം പ്രാകൃത പ്രളയം അപ്പൊ ഈ നിത്യപ്രളയം നൈമിത്ക പ്രളയം പ്രാകൃത പ്രളയം ഇത് മൂന്നും പ്രകൃതിയുമായി ബന്ധപ്പെട്ടതാണ് എന്നാൽ ഒന്ന് മാത്രമാണ് ചൈതന്യവുമായി ബന്ധപ്പെട്ടത് ഇത് ബ്രഹ്മപ്രളയം അതിനെയാണ് ആത്യന്തിക പ്രളയമെന്നും പറയുക അതിനെ രണ്ട് പേര് വിളിക്കുന്നു മാത്രം ആത്യന്തികം എന്ന് പറഞ്ഞാൽ ശബ്ദം കൊണ്ട് അർത്ഥമാണല്ലോ എന്ന് വെച്ചാൽ അവസാനത്തെ പ്രളയം എന്ന് വെച്ചാൽ ഇനി ഇങ്ങോട്ട് പ്രളയം ഉണ്ടാവില്ല ആ അവസ്ഥയിൽ ഒരിക്കലും അതിലേക്ക് ലയിച്ചാൽ പിന്നെ അയാൾക്ക് തിരിച്ചു വരേണ്ട ആവശ്യമില്ല ഇപ്പൊ നൈമിത്തികം എന്ന് പറഞ്ഞാൽ ഒരു നിമിത്തം കാലം നമ്മളെ ഒരു നിമിത്തമാക്കി തീർക്കുണ്ട് ഈ ശരീരത്തിൽ ഒരുന്നതുകൊണ്ട് മനസ്സിനെ നമ്മൾ ഉയർത്തിയില്ലെങ്കിൽ ഈ ശരീരം നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ ഈ ശരീരം മരിച്ചുപോയാൽ അല്ലെങ്കിൽ വീണുപോയാൽ വീണ്ടും മനസ്സിന്റെ വാസനകൾ കെട്ടടങ്ങിയില്ലെങ്കിൽ മനസ്സിന് വീണ്ടും ജനിക്കേണ്ടതുണ്ട് അങ്ങനെ ജനിക്കാൻ മനസ്സ് ശരീരം വിട്ടുപോകുന്നതാണ് മനസ്സതിന്റെ ഉറവിടത്തിലേക്ക് ലയിക്കാതെ ശരീരത്തെ വിട്ടുപോകുന്ന ലയത്തിന്റെ പേരാണ് നൈമിത്ക പ്രളയം എന്ന് പറയുന്നത് ഒരു നിമിത്തം ഒരു കാരണം കൊണ്ട് ശരീരം വിട്ടുപോവാണ് ആര് ആര് വിട്ടുപോകണോ മനസ്സ് വിട്ടുപോകണോ രണ്ടാമത് നിക്കിപ്രളയെന്ന് പറയുമ്പോഴോ ഓരോ ദിവസവും മനസ്സ് ശരീരത്തെ വിടുന്നുണ്ട് എപ്പോ പുട്ട് കഴിച്ചു കഴിഞ്ഞാല് നല്ലവണ്ണം പുട്ട് കഴിച്ചു കഴിഞ്ഞാൽ മനസ്സ് ശരീരത്തെ വിടും എന്ന് വെച്ചാൽ എന്താർത്ഥം ഉറക്കം വരും നിങ്ങൾ ദിവസവും രാത്രി മനസ്സ് ശരീരത്തെ വിട്ടുപോകുന്നുണ്ട് വീണ്ടും രാവിലെയാവുമ്പോ അത് തിരിച്ചു വരുന്നുണ്ട് ഇങ്ങനെ ഓരോ ദിവസവും നമ്മൾ ഇങ്ങനെ മനസ്സിനെ വിട്ടുകൊണ്ട് വീതം മനസ്സിന് സ്വീകരിക്കുന്ന പ്രളയത്തിന്റെ പേരാണ് നിത്യപ്രളയം അപ്പൊ ആദ്യം നൈമിത്ക പ്രളയത്തെക്കുറിച്ച് പറഞ്ഞു ഇനിയോ അസ്മാശാം പുനരഹർ മുഖകൃത്യതുല്യാം സൃഷ്ടിം കരോത്തിരുദിനം സഭവൻ പ്രസാദാൽ കൽപ്പജനുഷാം തരായുഷാം സ്വപ്ത പ്രബോധന സമാപ്തി തഥാ വിസൃഷ്ടി ഇപ്രകാരം നിദ്രയ്ക്ക് ശേഷം പുനഃഭവൻ പ്രസാദാൽ ഭഗവാന്റെ പ്രസാദം കൊണ്ട് ആ ബ്രഹ്മാവ് സ്ഥാനാതിപ്രാതകർമ്മങ്ങളൊക്കെ ചെയ്തതിനു ശേഷം പറയുന്നു എതി അസ്മാന്തഷാം സൃഷ്ടിയും കരൂതി സൃഷ്ടിയിൽ വ്യാപ്തത്തിനായി നമ്മളെപ്പോലുള്ളവർക്ക് സൃഷ്ടിക്കാൻ തുടങ്ങി പ്രാഗ് ബ്രഹ്മകൽപ്പുഷാം പരായുഷം തു സപ്തപ്രചോദന സമാധി സൃഷ്ടി അസ്ഥി അപ്രകാരം ഉറങ്ങിക്കിടന്നവരൊക്കെ വീണ്ടും ഉണരുന്നതിന് തുല്യമായി അവർക്കെല്ലാം പൂർവജന്മ സ്മരണ കിട്ടിയത് പറയാണ് അതായത് ഉറങ്ങിക്കിടന്ന് ഉറക്കത്തിൽ നിന്ന് സമയത്ത് നമ്മുടെ പൂർവജന്മ സ്മരണകളൊക്കെ നമുക്ക് ഉണ്ടാവുന്നു ജീവജാലങ്ങളിലേക്ക് നോക്കി നമുക്ക് കാണാം ഒരു പശു പ്രസവിച്ചാൽ നിങ്ങൾ നോക്കൂ ആ പശുക്കുട്ടി ഇതല്ലോ ചാടിയിണീക്കും എന്തിനോ അതിങ്ങനെ തപ്പാൻ തുറങ്ങും എവിടെയാണ് അതിന് പാല് കിട്ടുന്നത് അപ്പൊ അതിന്റെ ഉള്ളിൽ ജനിച്ചു വന്ന കുട്ടിയുടെ ഉള്ളിൽ ഒരു സംസ്കാരമുണ്ട് എനിക്കെവിടെയോ എവിടുന്ന് കിട്ടിയെന്ന് അതിന് എവിടെയോ പണ്ട് പാല് കുടിച്ചതിന്റെ ഒരു സംസ്കാരം അതിന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ട് ആ സംസ്കാരം ഉറങ്ങിക്കിടന്ന സംസ്കാരം കുട്ടി ജനിച്ചതോടുകൂടി പുറത്തേക്ക് വന്നു അപ്പൊ ഉറങ്ങിക്കിടന്ന സംസ്കാരങ്ങളെല്ലാം സമയമാകുന്ന സമയത്ത് പുറത്തേക്ക് വരുന്നു ഇങ്ങനെ ബ്രഹ്മാവ് തന്റെ സൃഷ്ടി ചെയ്തു എന്നിട്ടോ പഞ്ചാശ പഞ്ചാശതൂപം ഏകം പരാർ അത്ര അന്ത്യരാപ്തി ജനിതാൻ കഥയാ വിഭൂമൻ പശ്ചാദിനാവതരണേച്ചവൽസൻ ഇങ്ങനെ ബ്രഹ്മാവ് അതിനാ അസോ സോദ്ധരൂപം പഞ്ചാ ശബ്ദം ഏകം പരാർത്ഥം അതിവൃത്യ അങ്ങനെ ബ്രഹ്മാവ് തന്റെ ആയുസന്റെ പകുതി അൻപത് വർഷം പരാർത്ഥം കടന്നു അപ്പൊ നമ്മുടെ പൂർവികന്മാര് പറയുന്നത് ബ്രഹ്മാവ് ഉണർന്നാൽ പിന്നെ അദ്ദേഹത്തിന് ഒരു പ്രളയമുണ്ട് ആ പ്രളയത്തിനാണ് നമ്മൾ കൽപ്പങ്ങൾ എന്ന് പറയുന്നത് ബ്രഹ്മ എന്താണ് ഒരു കൽപ്പകാലം അപ്പൊ ബ്രഹ്മാവും നമ്മളെപ്പോലെ ലയിക്കും എന്ന് വെച്ചാൽ സമഷ്ടി മനസ്സ് ലയിക്കുന്നതിനെയാണ് കൽപ്പങ്ങൾ എന്ന് പറയുക ആ സമഷ്ടി മനസ്സ് നമ്മുടെ ഒരാളുടെ മനസ്സും എല്ലാവരുടെ മനസ്സും നോക്കും നിങ്ങൾ പല മനസ്സുകളും ഇതൊക്കെ ഒന്ന് നിങ്ങൾ ചിന്തിക്കാറുണ്ട് ഇപ്പൊ എന്റെ മനസ്സ് നിങ്ങളുടെ മനസ്സ് ഇതെല്ലാം കൂടി ചേർക്കുമ്പോൾ എത്ര മനസ്സായി ഇപ്പൊ നമ്മുടെയൊക്കെ മനസ്സെടുത്ത് കൂട്ടിവെച്ചു ചിരിക്കുക നമുക്ക് മനസ്സെടുത്ത് വയ്ക്കാൻ പറ്റുന്നിരിക്കുക ഇതെല്ലാം കൂടി ഇവിടെ ചേർത്ത് വെച്ചാലോ പലരുടെയും വീട്ടിൽ നിന്ന് ഓരോ ലിറ്റർ പാൽ കൊണ്ടുവന്നൊരു പാത്രത്തിൽ ഒഴിച്ചാൽ എല്ലാം ഒരു ഒരു പാലായി എല്ലാം ഒരു വലിയൊരു പാൽ വിപ്ലവമായി മാറി ഇതുപോലെ സകല മനസ്സുകൾ കൊണ്ട് ചേരുമ്പോഴോ ഈ സകല മനസ്സുകളെ കൊണ്ട് ചേർത്ത് ആ മനസ്സിനെയാണ് ബ്രഹ്മ മനസ്സ് എന്ന് പറയാം എന്ന് വെച്ചാൽ അവിടെ നിന്നാണ് നമ്മൾ ഒറ്റയ്ക്കല്ല വരുന്നത് ഈ പ്രപഞ്ചം മൊത്തം അങ്ങോട്ട് വികസിക്കുകയാണ് അപ്പൊ ഒരു ജീവജാലത്തിന് ഇവിടെ വരണമെങ്കിൽ അതിനു എല്ലാം എല്ലാം ഇന്റർ കണക്ടഡാണ് പിന്നെ നമുക്കിവിടെ വസിക്കണമെങ്കിൽ ചെടികൾ വേണം ജീവജാലങ്ങൾ വേണം പലതും വേണം വേണ്ടേ ഇതുമായിട്ടൊക്കെ ഇവരൊക്കെ മനസ്സുമായിട്ട് നമ്മുടെ മനസ്സ് ഇന്റർ കണക്റ്റഡാണ് നമുക്ക് ഒറ്റയ്ക്ക് ഇങ്ങോട്ട് വരാൻ സാധ്യല്ല അപ്പൊ നമ്മളെ നിങ്ങളെ പിടിച്ചൊരു ചന്ദ്രനിൽ കൊണ്ടുപോയിട്ടാൽ എന്ത് സംഭവിക്കും നിങ്ങളോട് ജായകളന്നു അതൊരു ജോക്കുണ്ടല്ലോ കേരളീയരെ കുറിച്ചിട്ട് ആരോ ചന്ദ്രനിൽ ചെന്ന് ഇറങ്ങിയ സമയത്ത് അവര് അവരുടെ ഫ്ലാഗ് കുത്താൻ വേണ്ടിയിട്ട് ഒരു പാര അന്വേഷിച്ച സമയത്ത് ഒരാൾ ആ സമയത്ത് ശബ്ദം കേട്ടു കാപ്പി കാപ്പി എന്ന് പറഞ്ഞിട്ടൊരു പാർട്ടി അപ്പൊ നിങ്ങൾ അവിടെന്നു പറഞ്ഞു നിങ്ങൾക്ക് മുമ്പ് വന്നവർക്ക് ഞങ്ങൾ തന്നെയാണ് പാര കൊടുത്തതെന്ന് അപ്പൊ നിങ്ങൾ ആരാന്ന് വെച്ചു ഞങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് വന്നവരാണ് ഇപ്പൊ നിങ്ങളെങ്ങനെയാണ് അവിടെ എത്തിയത് ഞങ്ങൾ മലയാളികൾ കൊണ്ടുവന്നാണ് അവരിപ്പൊ ഇവിടെ അവര് വ്യാഴത്തിൽ പോയിരിക്കുന്നു അപ്പൊ അവിടെ നിൽക്കുന്നില്ല നമ്മള് ഇവിടെ മലയാളികൾക്ക് അങ്ങനെ ഒരു ഈ ലോകത്തിൽ എല്ലായിടത്തും എത്തിയിരിക്കുന്ന ഒരു ഗ്രൂപ്പ് ുക്കും ചെന്നാൽ ആരെക്കാളും മലയാളികളെ കാണാൻ എന്നുള്ളത് വളരെ അത്ഭുതം തന്നെയാണിത് നമ്മളെ ഉള്ളു എന്തായിടത്തും നമ്മളുള്ളതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു ലോകം എങ്ങനെ നിൽക്കുന്നത് അല്ലെങ്കിൽ മലയാളികളില്ല എന്നെങ്കിൽ ഈ ലോകം എങ്ങനെ നിൽക്കില്ല എവിടെ നോക്കിയാലും കാണാൻ ഒരു മലയാളിയെങ്കിലും കാണാൻ പറ്റും അപ്പൊ ഇങ്ങനെ ബ്രഹ്മാവ് സൃഷ്ടിച്ചു എന്നിട്ടോ അങ്ങനെ പലതിനെയും സൃഷ്ടിച്ച് എല്ലാ എന്താണ് പറയണോ അങ്ങനെ ഓരോ ദിനെയും ഈ ബ്രഹ്മാവ് അദ്ദേഹത്തിന്റെ അൻപത് വർഷം ആ ലീലകളൊക്കെ കഴിഞ്ഞിരിക്കുന്നു ആ പരാർത്ഥത്തിൽ നടന്ന ലീലകളെയൊക്കെ ഞാൻ പശ്ചാതണെ ബവൽ വീരാസാൻ ഞാൻ വർണ്ണിക്കാം എന്ന് പറയുന്നു എന്നിട്ടോ ദിനാവസാനോഷുപ്തിടരം സമീയോ തേകം ഇപ്രകാരം ബ്രഹ്മാവ് പകൽ സൃഷ്ടികർമ്മം ചെയ്തതിനു ശേഷം ബ്രഹ്മാവ് ഉറങ്ങാൻ ആഗ്രഹിച്ചു ദിനാവസാനെ സുഷുപ്തികാമ ഈ സന്നിധിയില്ലേ എന്നിട്ടോ അങ്ങനെ അകയിൽ വന്ന് അകയുടെ ഉദരത്തിൽ വന്ന് തീരുകയും ചെയ്തു ഉറങ്ങുകയും ഈ പ്രപഞ്ചം ഒരു സമുദ്രം എന്ന പോലെ ഒരു ഒറ്റ സമുദ്രം എന്ന പോലെ ജല ജലമാത്രമായി തീർന്നു പറയാണ് കഥാഹിതം വിശ്വം ഏകാരണവും ആസ അപ്പൊ ബ്രഹ്മാവ് ലയിച്ചു എന്ന് പറഞ്ഞാൽ അവിടേക്ക് എന്താ അർത്ഥം എടുക്കണം നമ്മൾ ബ്രഹ്മാവ് ലയിച്ചു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തെടുക്കണം എല്ലാ മനസ്സുകളും ഉറങ്ങി നർത്ഥം ഉറക്കത്തിലേക്ക് പോയി എന്നിട്ട് പ്രളയം വെള്ളത്തിൽ ലയിച്ചു എന്ന് പറഞ്ഞാൽ എന്താർത്ഥം നമുക്ക് ഈ വെള്ളത്തിന്റെ പ്രത്യേകത വെള്ളത്തിൽ സകല മത്സ്യങ്ങളും ഉണ്ട് അല്ലേ ജീവജാലങ്ങളും അതിനൊന്നും നമുക്ക് പുറമെ കാണാൻ പറ്റില്ല എല്ലാം എവിടെയിരിക്കണോ വെള്ളത്തിനുള്ളിൽ ഇതുപോലെ മനസ്സ് ലയിച്ചാലും ആ മനസ്സിലിരിക്കുന്ന വാസനകളൊക്കെ മത്സ്യരൂപത്തിൽ മനസ്സിന്റെ അന്തർ അടിത്തട്ടിലുണ്ട് വീണ്ടും ഈ വാസനകളൊക്കെ എന്റെയും പൊങ്ങി വരുന്നുണ്ട് ഇപ്പൊ മനസ്സ് മുഴുവൻ വാസനകളാൽ നിറഞ്ഞിരിക്കുമ്പോ ആ വാസനകളോടുകൂടിയിട്ട് മനസ്സ് ഉറങ്ങിയാൽ വീണ്ടും വാസനകളോടുകൂടിയിട്ട് മനസ്സ് ഉണരണം എത്ര കാലം ഉണരണം അത് നമ്മൾ ബേസിക് തത്വം നമ്മൾ മറക്കരുത് എത്ര കാലം ഉണരണം എത്ര കാലം വീണ്ടും ഉറങ്ങണം എന്ന് വെച്ചാൽ വാസനകൾ നശിക്കുന്നത് എന്ന് വെച്ചാൽ ആ മനസ്സ് പൂർണ്ണമായി അതിൽ പരിപൂർണമായി ലയിക്കുന്നത് പിന്നെ അതിന് വരാൻ പറ്റില്ലേ എന്തുകൊണ്ട് ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് വിട്ടിട്ടുള്ളൊരു വാസന ഇല്ലാത്തതുകൊണ്ട് പിന്നെ പൊങ്ങി വരേണ്ട ആവശ്യമില്ല ഇപ്പൊ ഇവിടെ ഈ പ്രളയം എന്നൊക്കെ പറയുമ്പോൾ അർത്ഥെടുക്കേണ്ടത് നാം എന്തെല്ലാം വാസനകൾ ബാക്കിയാക്കി ആ വാസനകളൊന്നും പൂർത്തീകരിക്കാതെ അത് മനസ്സിൽ തന്നെ വെച്ച് മരിച്ചുപോയാൽ നിങ്ങൾ വിചാരിക്കേണ്ട നിങ്ങളുടെ പണി കഴിഞ്ഞു എന്ന് നിങ്ങൾ തൽക്കാലത്തേക്ക് മാത്രമേ കട അടയ്ക്കുന്നുള്ളൂ വീണ്ടും ഈ കടകളൊക്കെ തുറക്കേണ്ടതുണ്ട് എത്ര കാലം തുറക്കണം ആ വാസനകൾ മുഴുവൻ കെട്ടടങ്ങുന്നത് വരെ അതിനെന്ത് വേണം എന്നാ കെട്ടടങ്ങുന്നത് അത് പരിപൂർണമായി ഭഗവാനെ ലയിക്കുന്നത് വരെ അല്ലേ ഇത് നിങ്ങൾക്ക് മനസ്സിലായി തോന്നുന്നു നിങ്ങൾക്ക് ഒരു കല്ല് നമ്മൾ ആകാശത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് എത്ര കാലം ചലിച്ചുകൊണ്ടിരിക്കും അതെവിടെ നിന്ന് പുറപ്പെട്ടുവോ പുറപ്പെട്ട സ്ഥലത്ത് തന്നെ വന്ന് നിശ്ചലമാവണം അത് പറഞ്ഞതൊരിക്കലും മറക്കരുത് സത്സംഗം കൊണ്ട് നിസ്സംഗത വരണം നിസ്സംഗത കൊണ്ട് നിശ്ചലത വരണം നിശ്ചത നിശ്ചലത വരുമ്പോഴേ നമ്മുടെ ജീവൻ മുക്തനായി തീരുന്നുള്ളൂ അപ്പൊ മനസ്സിനെ നമ്മള് വാസനകളിൽ നിന്ന് മുക്തമാക്കാനാണ് സത്സംഗങ്ങളും മറ്റ് കാര്യങ്ങളും സാധനങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്രകാരം എന്നിട്ടോ തവൈവേഷേ ഫണിരാജിശേഷേ ജലൈക ശേഷേ ഭുവനസ്മശേഷേ ആനന്ദ സാന്ദ്രാനവ ഇപ്രകാരം ജലമല്ലാതെ ഭുവനം ജലൈക ശേഷേ മറ്റൊന്നല്ലാതെ തീർന്നപ്പോ ആ ബ്രമാവ എന്ത് ചെയ്തു സ യോഗ നിദ്രാപരിമുദ്രിത സേവ വേഷേ ഭണിരാജശേഷേ യോഗനിദ്രയാൽ ഭഗവാൻ എന്ത് ചെയ്തു അവിടെ നിന്നും തന്റെ സൃഷ്ടി വ്യാപാരങ്ങൾക്ക് ഭഗവാൻ അനുവദിച്ചു കൊടുക്കുകയാണ് ആ ഭഗവാന്റെ ഉള്ളിൽ നിന്നും നാഭിയിൽ നിന്നും ഒരു താമരപ്പൂ പ്രകടമാവുകയാണ് സൃഷ്ടി വ്യാപരിക്കാൻ അപ്പൊ ഇങ്ങനെ ഭഗവാൻ ആനന്ദനായിരിക്കുന്ന ആദിശേഷന്റെ മുകളിൽ കടന്നുകൊണ്ട് പാലാഴിയിൽ കിടക്കുന്ന ഭഗവാന്റെ ഉള്ളിൽ നിന്നും ഒരു താമരപ്പൂ പ്രകടമാകുന്നു പറയുന്നു സർപ്പരാജനായിരിക്കുന്ന ഭഗവാൻ ആദിശേഷനിൽ ലയിച്ചു കടന്നു എന്നിട്ടോ കാലാഖ്യശക്തി പ്രളയാവസാനെ പ്രബോധ്യേത്യാദിശതാഖിലാദോപ്തം പരിശുപ്ത ശക്തി വ്രജേനത്രാഖിലീവതാം ഇപ്രകാരം പ്രളയാരംഭത്തിൽ കാലമാകുന്ന ശക്തിയോട് പ്രളയം കഴിയുമ്പോ എന്നെ ഉണർത്തുക എന്ന് അഹങ്കാരാദികൾ മഹത്ത അഹങ്കാരികൾ അഹങ്കാരാദികളോടുകൂടി ആധാരഭൂതനായ ആ രഹ്മാവ് എതിരയിലാണ്ടു ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ലേശ ഒരു പ്രയാസമുണ്ട് നമ്മൾ ഈ മട്ടുതിരിപ്പാടാണെങ്കിൽ കുറെ ഇങ്ങനെ ആളുകളെ ഒരു ക്ലാരിറ്റി ഇല്ലാതെ നമുക്ക് തോന്നിപ്പോ ഈ പറയുന്നതിലൊക്കെ കാരണം വീണ്ടും വീണ്ടും ഈ പ്രളയം എന്നൊക്കെ പറയുമ്പോൾ ആളുകൾക്കൊരു സംശയം വരും ഇത് ഈ കുന്ത ഈ പറയുന്നത് ഇത് നമ്മളോട് ഓർമ്മിപ്പിക്കുന്ന എന്താ വെച്ചാൽ നമ്മളുണ്ടാക്കി വാസനകൾ നമ്മുടെ ഉള്ളിൽ അവശേഷിച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും വീണ്ടും ഉറക്കത്തിലേക്ക് പോവും ഉറക്കത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥമായി ഭഗവാനിലേക്ക് ലയിക്കാതെ പ്രകൃതിയിലേക്ക് രണ്ട് ലയമുണ്ട് ഒന്ന് അവ്യക്തലയം രണ്ട് വ്യക്തലയം പ്രപഞ്ചത്തിൽ നിന്ന് വന്നത് പ്രപഞ്ചത്തിലേക്ക് പോകുന്നത് വ്യക്തതയിലാണ് അതുപോലെ ഈശ്വരിൽ നിന്ന് വന്നത് ഈശ്വരനിലേക്ക് ലയിക്കുന്നത് വ്യക്തമാണ് എന്നാൽ അതിനിടയ്ക്ക് ലയിക്കാതെ ലയിച്ചു നിൽക്കും അങ്ങനെ ലയിക്കാതെ ലയിച്ചു നിൽക്കുന്ന സമയത്ത് ലയിച്ചെന്ന് തോന്നിയാൽ വീണ്ടും പൂങ്ങി വരും ഏതുപോലെ ഇപ്പൊ വെള്ളം നമ്മൾ ഐസാക്കി മാറ്റിയാൽ തൽക്കാലം അതിന്റെ ചലനം നിന്നു വെള്ളം കടലിലെത്തിയാലും പുഴ കടലിലെത്തിയാലും തൽക്കാലം അവിടെ എത്തുമ്പോഴും എന്ത് നിന്നു അതിനെ ഒഴുക്കു നിന്നു ചലനം നിന്നു പക്ഷെ ഐസായി നിൽക്കുമ്പോൾ അതിന്റെ ചലനം നിന്നു എന്ന് പറയാൻ പറ്റില്ല വീണ്ടും അത് ഉരുകിക്കഴിഞ്ഞാൽ വീണ്ടും അത് വെള്ളമായി വീണ്ടും ഒഴുകും അവസാനം എവിടെ തന്നെ എത്തിച്ചേരണം കടലിൽ ഇതുപോലെ തൽക്കാലം നമ്മുടെ മനസ്സ് ഘനീഭവിക്കുമ്പോ അതായത് ഉറക്കത്തിലേക്ക് പോകുമ്പോ അപ്പോഴും ചലനം നിന്നു മനസ്സിന്റെ പക്ഷെ ചലനം നിന്നുവെങ്കിലും മനസ്സെങ്ങോട്ട് ലയിച്ചിട്ടില്ല ഭഗവാനിലേക്ക് ലയിച്ചിട്ടില്ല വീണ്ടും ചലനം നിന്ന മനസ്സ് കാലപ്രേരണയാൽ വീണ്ടും ഉണർന്ന് ജനിക്കാൻ തുടങ്ങും എത്ര കാലം ജനിക്കും അത് ക്ലിയർ ആവുണ്ടോ പറയുന്നത് മനസ്സിന് തൽക്കാലത്തേക്കും ഒരു ചലനം നിൽക്കുന്നുണ്ട് ആസ്തിന്തികമായ ചലനം നിൽക്കുന്നുണ്ട് ഏതുപോലെ വെള്ളം ഐസാക്കുന്നത് പോലെ വെള്ളം ഐസാക്കിക്കഴിഞ്ഞാൽ അപ്പൊ വെള്ളത്തിന്റെ ചലനം നിന്നു പിന്നെ ചലനമില്ല എന്നാൽ വെള്ളത്തിന്റെ ചലനം നിന്നിട്ടുണ്ടോ ഇല്ല വീണ്ടും ആ വെള്ളം വയസ്സായി വെള്ളമായി കഴിഞ്ഞാൽ വീണ്ടും അത് ചലിക്കാൻ തുടങ്ങും ഇതുപോലെ നമ്മുടെ മനസ്സും ചലിക്കും ഏതുവരെ അത് പുറപ്പെട്ടിരിക്കുന്ന ചൈതന്യത്തിലേക്ക് എത്തുന്നവരെ ഈ ബേസിക് കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കി ഇന്നത് പഠിക്കാൻ പ്രയാസമില്ല ഇനി എന്ത് കുന്തം പറഞ്ഞാലും പ്രയാസമില്ല പ്രളയെന്ന പ്രളയന്നോ വെറും വാക്കുകളുടെ കസർത്തുകളാണ് അതിനെയൊക്കെ നമ്മൾ വിട്ടേക്കാണ് നമ്മളതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ നല്ലോണം ഗ്രഹിച്ചുകൊള്ളണം ഇതിട്ടോ ചതുർ യുഗം എന്നോ ഇതൊക്കെ എനിക്ക് പറയുമ്പോഴല്ലോ ചിലപ്പോ തോന്നി എന്തിനായി പട്ടിതിരിപ്പാട് ഇതൊക്കെ വേണ്ടാത്തത് എഴുതി കൂട്ടിയിരിക്കുന്നത് ക്ലാരിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു കാരണം അത് കൺഫ്യൂഷൻ ഉണ്ടാക്കും പഠിക്കാത്തവരാണെങ്കിൽ തീരെ അത്രയും നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ പലരും അപ്പൊ എന്താ ഈ പതിനാല് യുഗം ഇത് പ്രളയം കളയം എന്നൊക്കെ പറഞ്ഞിട്ട് ഈശ്വര എന്തിനായി എടാകൂടങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് തന്നെ തോന്നുന്ന ദൈവം കുറെ കുഴപ്പമുണ്ടാക്കിയിട്ടാണ് പോയിരിക്കുന്നത് അപ്പൊ ഇത് ദൈവം ഉണ്ടാക്കി ഇതെല്ലാം നമ്മുടെ മനസ്സ് ആത്യന്തികമായി അത് പുറപ്പെട്ടിരിക്കുന്ന ചൈതന്യത്തിലേക്ക് ലയിക്കാത്തോടത്തളം കാലം വാസനകളോടുകൂടി നിൽക്കും വീണ്ടും വാസനകളൊക്കെ പൊങ്ങി വരും ഏതുപോലെ വളരെ രസകരമാണ് ഈ ചർച്ചകളൊക്കെ വറുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വെള്ളമൊഴിച്ചിട്ടും കാര്യമില്ല വളർത്തിയില്ല വേറെ മറച്ച് വിത്ത് വറക്കാത്തടത്തളം കാലം വെള്ളമൊഴിക്കും അത് കുറച്ചു ഇതുപോലെ നമ്മുടെ മനസ്സിനെ ഒന്ന് വറക്കാനുണ്ട് ഏതിലിട്ടിട്ട് വറക്കണം സ്വാമി ഇതുവരെ അങ്ങനെ പഠിച്ചിട്ടില്ലോ ചൈതന്യം ലയം ചൈതന്യം ലയം എന്നൊക്കെ പറഞ്ഞു ഇതൊത്തിരി പുതിയ ഏർപ്പാടാണല്ലോ ഇത് ഈ വറക്കൽ പിടി പിന്നെ നരകത്തിൽ വറക്കലുണ്ട് എന്ന് കേട്ടിട്ടുണ്ട് ഇത് ചൈതന്യമാകുന്ന സത്യത്തിലിട്ട് പറത്തു കഴിഞ്ഞാൽ അതിന്റെ മുളയ്ക്കാനുള്ള ആ ശക്തി പോളയ്ക്കാനുള്ള ശക്തി പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈ മനസ്സുമായി എവിടെ വേണമെങ്കിലും പിന്നെ അത് വീണ്ടും എതിയില്ല മുളയ്ക്കില്ല ശങ്കരാചാര്യ സ്വാമികൾ പറയും എൺപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് ഏത് വീട്ടിൽ ചെന്നാലും ഒരു കുഴപ്പമില്ല കല്യാണം കഴിക്കാനുള്ള മോഹം വീണ്ടും വരുമോ ഇന്നത്തെ കാലത്ത് പറയാൻ പറ്റില്ലേ പട്ടത്തെ കാലത്ത് വരില്ലേയിരുന്നു അങ്ങനൊരു പക്കതിക്ക് വരും ഇന്നിപ്പോ വിശ്വസിക്കാൻ പറ്റില്ല ഏത് വയസ്സിലായാലും വീട്ടിൽ കല്യാണം കഴിക്കുക അടുത്ത ശ്ലോകം വിപുദ്ധം വിശേഷദാ ദൃഷ്ടിം ഇപ്രകാരം ആ കാരണജലത്തിൽ പ്രളയജലത്തിൽ ലയിച്ചിരിക്കുന്ന ഭഗവാൻ അഖിലാൻ ലോകാൻ പ്രളീനാൻ വിലോഖ്യ എല്ലാ സമസ്ത ലോകങ്ങളും ലയിച്ചിരിക്കുന്നത് കണ്ടിട്ട് സൂക്ഷ്മതയാ നിജാന്ത സൂക്ഷ്മരൂപത്തിൽ തന്നെ സ്ത്രീയുന്ന തേശുവിശേഷ ദൃഷ്ടിൻ ദാത ആ ലോകങ്ങളെ നോക്കി ഒന്ന് ദൃഷ്ടി ഒരു കടാക്ഷം ചുരുള്ളൂ അതായത് ലയിച്ചിരിക്കുന്നതിലേക്ക് ചൈതന്യം വീണ്ടും പ്രകാശിച്ചപ്പോ അത് വീണ്ടും പ്രകടമായി അപ്പൊ ലയിച്ചിരുന്നതൊക്കെ പ്രകടമാവണമെങ്കിൽ അതിലേക്ക് ആരുടെ ദൃഷ്ടി വരണം ചൈതന്യ ദൃഷ്ടി വരണം ഭഗവാൻ നോക്കിയിട്ട് പറഞ്ഞാൽ എന്താർത്ഥം ആ ലയിച്ചു കടന്നതിലേക്കെല്ലാം വീണ്ടും ചൈതന്യം പ്രകാശിച്ചപ്പോ വീണ്ടും ലയിച്ചു കടന്നതെല്ലാം പോകി നിങ്ങളുടെ ഉറക്കവും നിങ്ങളുടെ ഉണർവും നോക്കിയാൽ മതി നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ വാസനകൾ സംസ്കാരങ്ങൾ മുഴുവൻ പ്രളയത്തിലേക്കാണ് വെള്ളത്തിൽ ലയിക്കണെന്ന് പറഞ്ഞാൽ മത്സ്യത്തെ പോലെ ആ വാസനകളൊക്കെ അപ്പോഴും ജീവനോടുകൂടി നിൽക്കുന്നുണ്ട് വീണ്ടും അതിലേക്ക് ചൈതന്യം പ്രകാശിക്കുമ്പോ വീണ്ടും ഉണങ്ങിക്കിടുന്നതെല്ലാം ഉണരണം വീണ്ടും ഇതെല്ലാം ഉറപ്പു വീണ്ടും ഉണരണം എത്ര കാലം എത്ര കാലം ഈ ഹൈ ജമ്പുണ്ടായിരിക്കും ലോങ് ജമ്പും അത് എവിടെ നിന്ന് പുറപ്പെട്ടുവോ അവിടെ ഓട്ടമത്സരം ഇല്ലേ കണ്ടിട്ടില്ലേ എവിടെ കൊണ്ട് നിർത്തണം എത്ര മീറ്റർ ഓടിയാലാണോ ഓട്ടം കഴിയുന്നത് അവിടെ എത്തുന്നവരെ അവരുടെ ഓട്ടം ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ അവരുടെ ഓട്ടം ഓടി ഓടി എത്ര ഓട് നമുക്കറിയാലോ അത്രേ ഓടുള്ളൂ ഇതുപോലെ നമ്മുടെ മനസ്സിന്റെ ഓട്ടം ചലനം നിൽക്കണമെങ്കിൽ അത് പുറപ്പെട്ടിരിക്കുന്ന ഭഗവത് ശക്തിയിൽ തന്നെ ചെന്ന് ചേർന്നിരിക്കണം ഇപ്രകാരം പറഞ്ഞിട്ട് പറഞ്ഞു അവസാനം ഈ ഓർമ്മിപ്പിക്കുകയാണ് എന്ത് ജനദിവ്യപത്മം നിശേഷ സംക്ഷേപരൂപം മുകളായ മാനം ഇപ്രകാരം ഭഗവാനിൽ ലീനമായിരുന്ന ആ വസ്തുക്കളെല്ലാം സൂക്ഷ്മരൂപത്തിൽ വീണ്ടും അതെല്ലാം അവിടെ നിന്ന് നാഭിയിൽ നിന്ന് ഉത്ഭവിച്ചു പറയേണ്ട ആവശ്യമില്ലല്ലോ നേരത്തെ ലയിച്ചിരുന്ന വാസനകളെല്ലാം ആ ഭഗവത് ശക്തി അതിൽ തട്ടുമ്പോ ചൈതന്യം തട്ടുമ്പോ വീണ്ടും ഉറങ്ങിക്കിടക്കുന്ന പുല്ലുകളെല്ലാം സൂര്യപ്രകാശം തട്ടുമ്പോ വീണ്ടും കുണരുന്നത് ഉള്ളിലുള്ള പ്രകാശം അതിലേക്ക് വ്യാപനിക്കുന്ന സമയത്ത് ഉറങ്ങിക്കിടന്ന വാസനകളെല്ലാം വീണ്ടും കാപ്പി കഴിക്കണമെന്നുള്ള വാസന രാവിലെ ഉണരുമ്പ് തുടങ്ങണു പത്രം വായിക്കണമെന്നുള്ള വാസന ഉണരുന്നു അതിൽ തന്നെ ബാത്റൂമിൽ പോകണമെന്നുള്ള വാസന ഉണരുന്നു കുളിക്കണമെന്നുള്ള വാസന വരുന്നു എല്ലാ വാസനകളും ഓരോന്നോരോന്നായിട്ട് പൊങ്ങി വരണം എന്നിട്ടോ തതേമേം സ്വതാമിദ്ധാന്തമ ഇപ്രകാരം ഒരു താമരമുട്ട് എപ്രകാരമാണോ അങ്ങയുടെ ശരീരത്തിൽ നിന്നും അങ്കുരിച്ച് എന്താണ് ചുറിച്ചു നിൽക്കുന്ന തേജസിന്റെ അന്ധകാരം കൊണ്ട് എല്ലാം അകറ്റിയെന്ന് അതായത് ഭഗവാന്റെ ഉള്ളിൽ നിന്നും ആര് പ്രകടമായി ഒരു താമരമുട്ട് പ്രകടമായി വെച്ചാൽ എന്താർത്ഥം നാഭിയിൽ താമരമുട്ട് പ്രകടമായി എന്ന് പറഞ്ഞു ആദ്യം തന്നെ ഉറങ്ങിക്കിടക്കുന്ന നമ്മുടെ ഉള്ളിൽ നിന്ന് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ നിങ്ങൾ വളരെ ഒബ്സർവ് ചെയ്യണേ ആദ്യം നിങ്ങളുടെ വാസനകളൊന്നും ഉണരില്ല ആദ്യം ജസ്റ്റ് മനസ്സുണരും ജസ്റ്റ് മനസ്സുണർന്നതിന് ശേഷമാണ് പിന്നീട് നമ്മുടെ ഓരോ സംസ്കാരങ്ങൾ പൊങ്ങി വരുന്നത് ആദ്യം നിങ്ങളൊന്ന് ഉണരും എന്നിട്ട് പിന്നെ നോക്കും ബ്രഹ്മാവിനെ പോലെ നാല് ദിക്കിലേക്കും പിന്നെ നിങ്ങളുടെ വാസന പൊങ്ങി വന്നു ഇത് ഞാൻ ടോർച്ച് വിടിയാ വെച്ചത് ഇതെന്തെയാണ് ഇത് എന്റെയാണ് അപ്പൊ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ അടുത്ത ആളുടെ നെയിൽ വരെ തപ്പും എവിടേക്കാ എന്നാൽ വെച്ചത് മക്കളിൽ തപ്പോവും പാദ്യം മനസ്സ് പൊങ്ങിയതിന് ശേഷമേ നോക്കിയിട്ടോ നിങ്ങൾ വാസനകൾ പൊങ്ങി വരുന്നു പാദ്യമൊന്ന് എണീറ്റ ഉടനെ നിങ്ങളൊന്നും ചെയ്യില്ല എണീറ്റ ഉടനെ തന്നെ ആരും വാസന വന്നിട്ടില്ല ലൈൻ കണക്ഷൻ കിട്ടിയില്ല റേഞ്ച് വന്നിട്ടുള്ളൂ അവര് ആക്ടിവേറ്റ് ചെയ്തില്ല സിം കാർഡ് പിന്നെ ബ്രഹ്മാവ് അല്ല ഉള്ളിൽ നിന്ന് ഭഗവാൻ നമ്മുടെ സിം കാർഡ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് ഓൾറെഡി പിന്നെ നമ്മൾ തപ്പി ഓ മൂന്നര മണി ഇപ്പൊ വരുമല്ലോ ബാത്റൂം ഇപ്പൊ ഫുള്ളാവുമല്ലോ ചാടി ഓടുന്ന ഏത് ബാത്റൂമാണ് ആദ്യം പിടിക്കേണ്ടത് അവിടെ അപ്പ പിന്നെ മത്സരമാണ് ഞാൻ രാവിലെ നോക്കുമ്പോ അവിടെ ഉണ്ടല്ലോ ലൈനിട്ട ഇല്ല എന്നുള്ള മാത്രമേ ഉള്ളൂ ലൈൻ കൂടി ഇട്ടിരുന്നെങ്കിൽ ഓരോ ലൈനിലും ആൾക്കാർ ഓടും ഞാനിതിന് ആസ്വദിക്കും ചിലപ്പോ എന്തോ കുറ്റി ബാത്റൂമിന് കുറ്റി ഉള്ളത് വളരെ നന്നായി അല്ലെങ്കിൽ പിന്നെ കുറ്റിയില്ലാത്ത ബാത്റൂമാണെങ്കിൽ ഒരാളിരിക്കുന്നത് മറ്റാളെയുമ്പോ കണ്ടു എന്നും ഇല്ല അതുകൊണ്ടെന്തോ ഭാഗ്യം ഇവിടെ കറുപ്പത്ത് മോളില്ല അപകടമില്ലല്ലോ അല്ല പണ്ടൊരാള് കുറ്റിയില്ല അല്ല വാടിയാൽ മതി ഉറക്ക പാട്ട് മതിയല്ലോ കുഴപ്പമില്ല അങ്ങനെയെങ്കിലും പാട്ട് പാടിക്കലോ ഏ പകനെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന വാസനയല്ല ആദ്യം പൊങ്ങി വരുന്നത് ഈ മനസ്സ് പൊങ്ങി വരുന്നതാണ് ഭഗവാന്റെ പൊക്കളിൽ നിന്നും താമരപ്പോവും വ് അതിലിരിക്കുന്ന ജോ ഗുണ വാസനയാണ് സൃഷ്ടിരിക്കണം എന്നുള്ള കാമമാണ് ആര് ബ്രഹ്മാവ് ആ ബ്രഹ്മാവ് വരുന്നതിന് മുമ്പ് ആര് വരണം മനസ്സ് വരണം ആ മനസ്സിന്റെ പ്രതീകമാണ് ഭഗവാന്റെ പൊക്കളിൽ നിന്നും വരുന്ന തമരപ്പൂ ക്ലിയരാണല്ലോ ഇതൊക്കെ നമ്മളിൽ തന്നെ നോക്കി പഠിക്കാൻ സാധിച്ചിട്ടുണ്ടല്ലോ ഇതൊരു പുതുമുള്ള കാര്യമെന്നല്ല ഈ പറയുന്ന ഒരു ഇതെല്ലാം എവിടെയുണ്ട് ഒക്കെ നമ്മളിൽ തന്നെയുള്ള സാധനം എന്നിട്ടോ അപ്രകാരം വന്നിട്ട് ആ ഭഗവാന്റെ പത്മത്തിൽ നിന്നും ആര് വന്നു സ്വഫുല്ലേ നിതരാം വിചിത്രേ തസ്മിൻ സരോജേജന്മാരാ സ്വയം പ്രബുദ്ധാഗി ഇപ്രകാരം ഭഗവാന്റെ യോഗബലത്താൽ നിതരാം വിചിത്രേ അത്യന്തം അത്ഭുതകരമായ സംഫുല്ല അതിമനോഹരമായിരിക്കുന്ന ആ പത്മത്തിൽ നിന്ന് വിധി സ്വയം പ്രഭുത്താകില വേദരാശി എല്ലാ വേദങ്ങളും തെളിഞ്ഞവരായിട്ട് ബ്രഹ്മാവ് ആ വിരാശി ആര് അറിവ് മനസ്സ് ഉണരുന്നതോടുകൂടിയിട്ടാണ് ആ മനസ്സിൽ വാസനകൾ ഉണരുന്നതോടുകൂടിയിട്ടാണ് പലതിനെക്കുറിച്ചുമുള്ള അറിവ് നമുക്കുണ്ടാകുന്നത് ഇപ്രകാരം ബ്രഹ്മാവെന്ന് പറയുന്ന കാമം ബ്രഹ്മാവെന്ന് പറയുന്ന രജോ ഗുണം മനസ്സിൽ പ്രകടമായി മനസ്സിനെ സമത്ത് അതിൽ സത്വഗുണവും രജോ ഗുണവുമുണ്ട് തമ ഗുണ അതുകൊണ്ട് മനസ്സിൽ ബ്രഹ്മാവുമുണ്ട് വിഷ്ണുവുണ്ട് ശിവനും എന്നാൽ മനസ്സാണെങ്കിലോ വാസ്തവത്തിൽ മനസ്സാണെങ്കിലോ വാസ്തവത്തിൽ അതിൽ ബ്രഹ്മാവുമില്ല വിഷ്ണുവുമില്ല മനസ്സിലായില്ലോ സ്വാമി പറയുന്നതൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണല്ലോ മനസ്സിൽ ബ്രഹ്മാവുമില്ല വിഷ്ണുവുമില്ല ശിവനും ഇല്ല എന്ന് പറഞ്ഞു ൾ പോയിക്കഴിഞ്ഞാൽ പിന്നെ മനസ്സിൽ ആരുമില്ല പിന്നെ മനസ്സാരാണ് പിന്നെ അത് എവിടെ നിന്ന് പുറപ്പെട്ടു അതിനേഗ്രിച്ചു അപ്പൊ മനസ്സും ചൈതന്യവും ഒന്നാണ് അപ്പൊ വാസ്തവത്തിൽ മനസ്സിൽ ഇവര് മൂന്നുപേരും ഇല്ല പക്ഷെ മനസ്സിൽ വാസനകൾ വരുമ്പോ ആരൊക്കെ വന്നു ബ്രഹ്മാവ് വന്നു ക്ലിയർ ആണല്ലോ നിങ്ങക്ക് വളരെ ശ്രദ്ധിക്കണ ഈ മനസ്സ് വാസനകളിൽ ഉണ്ടാകുമ്പോഴാണ് സൃഷ്ടി സ്ഥിതിലയം വരുന്നത് അപ്പോഴാണ് ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ വാസ്തവത്തിൽ മനസ്സിനെ സംബന്ധിച്ച് ഇതുപോലുമില്ല കാരണം ഈ മനസ്സ് വന്നിരിക്കുന്ന ചൈതന്യത്തിൽ നിന്നാണെങ്കിൽ ചൈതന്യത്തിൽ ബ്രഹ്മാവുമില്ല വിഷ്ണുവുമില്ല അവർക്കെല്ലാം അതീതനാണ് അര ചൈതന്യമെങ്കിൽ അത് മനസ്സിലുമില്ല മനസ്സ് വാസനകളിൽ നിന്ന് മുക്തമായോ സംസ്കാരത്തിൽ നിന്ന് മുക്തമായോ ആ മനസ്സ് അവസാനം എവിടെ ചെന്ന് ചേരണം അതുകൊണ്ട് ഗീതയിൽ പറയും ത്രൈപുണ്യ ീ ഗുണ്യോപവാർജുന നിർദ്വന്തോ നിത്യസന്തവാൻ അർജുന സത്വം രതസ് തമസ് ഈ ഗുണങ്ങൾക്ക് അതീതമായ അവസ്ഥയിലേക്ക് നമ്മൾ കടക്കുമ്പോ ആ മനസ്സിന് മാത്രമേ ആരിലേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ ഭഗവൻ ചൈതന്യത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ ഇതൊക്കെ ശരിക്കും ടെക്നിക്കലി നമ്മൾ ഗീതയുടെ ബലത്തിലൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എളുപ്പം പിടികിട്ടി അവസാനം പറയുന്നു അനന്തൂമാമരോഗിവാദാനവാസവിഷ്ണോ ഇപ്രകാരം ഏ ഗുരുവായൂരപ്പ ഗുരു അവിടുന്ന് എന്ത് വേണം ഈ പത്മകൽപ്പത്തിൽ ബ്രഹ്മാവിനെ അവിഭവിപ്പിച്ച അവിടുന്ന് ആ മഹിമയോടുകൂടി അവിടുന്ന് ഇതെല്ലാം പ്രകടമാക്കാൻ അങ്ങേക്ക് സാധിക്കുമെങ്കിൽ ഈ രോഗങ്ങളിൽ നിന്ന് എന്നെ മുക്തമാക്കാനും അങ്ങേക്ക് സാധിക്കും അതിനുവേണ്ടി ഞാൻ അങ്ങേ സഹിക്കുന്നു ഭജിക്കുന്നു ഇപ്രകാരം ഏഴും എട്ടും ദശകത്തിലൂടെ ഈ സൃഷ്ടിയുടെ മഹത്വം അതിന് ഉപസമരിപ്പിക്കുകയാണ് ഭട്ടതിരിപ്പാട് ഇതിലൂടെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് ഈ സൃഷ്ടി വ്യാപാരങ്ങളൊക്കെ ചെയ്യുന്നത് മനസ്സാണെങ്കിലും അതിനുള്ള പ്രേരണ ശക്തി കൊടുക്കുന്നത് അതാണ് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ആ ചൈതന്യത്തിലേക്ക് തിരിഞ്ഞു പോവാൻ സാധിക്കണം മനസ്സിന് അപ്പോഴാണ് നമ്മൾ ഈശ്വരനിലേക്ക് ലയിക്കുന്നത് ഈശ്വരനിൽ നിന്ന് വന്നതെല്ലാം എന്നാൽ എപ്പോ കാമങ്ങളാൽ മനസ്സ് പ്രലോഭിതമാകുന്നു അപ്പൊ മനസ്സ് കർമ്മത്തിലൂടെ ലോകങ്ങളിലേക്ക് ആകർഷിച്ചുകൊണ്ട് പിന്നെ നമ്മൾ കാമ കർമ്മ കർമ്മ അനുഭവത്തിൽ ഇങ്ങനെ കാമം വരും ആ കാമത്തെ പൂർത്തീകരിക്കാൻ കർമ്മം ചെയ്യും വീണ്ടും ആ കർമ്മത്തിന്റെ ഫലമായി കർമ്മഫലം അനുഭവിക്കും ഇങ്ങനെ നമ്മൾ ഈ ചക്രത്തിലൂടെ കറങ്ങി കറങ്ങി കറങ്ങി ജീവിതത്തിലെ ദുരിതവും ദുഃഖവും സുഖവും സന്തോഷവും അനുഭവിക്കുന്നു എന്നാൽ നമ്മൾ തിരിച്ചറിയണം ഇതെല്ലാം നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത് ഈശ്വരനൊരു ബന്ധവും ഇല്ല അതിന് ഇതെല്ലാം ചെയ്യിക്കുന്നത് നമ്മുടെ മനസ്സ് തന്നെയാണ് മനസ്സിന്റെ ദൗർബല്യങ്ങളാണ് ഇനി മനസ്സിന് എന്ത് വേണം ലൗകികമായ കാമ മാത്രമല്ല അനുഭവിക്കാൻ സാധിക്കുക ഉള്ളിലൊടിക്കുന്ന ഭഗവാനെ അനുഭവിക്കാൻ സാധിക്കും അത്തരത്തിലുള്ള വാസനകൾ സംസ്കാരങ്ങൾ ഉണ്ടാക്കി സത്സംഗങ്ങളിലൂടെ ഉണ്ടാക്കി പ്രയത്നങ്ങൾ ചെയ്ത് ധാരണ ധ്യാന സമാധി തുടങ്ങിയതെല്ലാം അഭ്യസിച്ച് മനസ്സിനെ ആ അന്തരാത്മാവിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ അതിലേക്ക് മനസ്സ് ലയിക്കുന്നതോടുകൂടി നമ്മുടെ ജീവിതയാത്ര പൂർണ്ണമാണ് ശരീരം മണ്ണിലേക്കും മനസ്സ് ചൈതന്യത്തിലേക്കും ബാക്കിയില്ല അവരെ സംബന്ധിച്ച് പുനർജന്മം അവിജ്ഞതെ എന്ന് പുനർജന്മം ഇനി പുനർജന്മം വേണ്ടി വരില്ല എന്നൊക്കെ പറഞ്ഞൊരു അർത്ഥം ഇനി ജനിക്കില്ല എന്നുള്ള അർത്ഥം ഇനി ജനിച്ചാൽ പോലും ഇപ്പോ അനുഭവിക്കുന്ന ദുരിതങ്ങളൊന്നും അനുഭവിക്കേണ്ടി ഇത് പറഞ്ഞിട്ട് അവസാനപ്പെട്ടതിരിപാട് ഉപസംഹരിപ്പിക്കുന്നത് ആയുരാരോഗ്യ സൗഖ്യമാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത് നമ്മൾ ശ്രദ്ധിക്കണം എന്താണ് ആയുരാരോഗ്യ സൗഖ്യം ശ്രദ്ധിക്കണമെങ്കിൽ പറയുന്നത് നമുക്ക് മരിക്കുന്നത് വരെ ആരോഗ്യം വേണം വേണ്ട ശരീരത്തിന് മാത്രം മതിയോ ശരീരത്തിനും വേണം മനസ്സിനും വേണം ഇപ്പൊ ശരീരത്തിനും മനസ്സിനും ആരോഗ്യം കൊടുത്തുകൊണ്ട് എങ്ങനെ നമുക്ക് മരിക്കാൻ സാധിക്കും ഇപ്പൊ ശരീരത്തിന്റെ ആരോഗ്യം മുഴുവൻ നമ്മുടെ അടുത്താണോ അല്ല അപ്പൊ ശരീരത്തിനെങ്ങനെ ആരോഗ്യം ഉണ്ടാക്കുക ശരീരത്തിന് ആരോഗ്യമുണ്ടാക്കാൻ പ്രധാനമായി മൂന്ന് കാര്യങ്ങൾ ചെയ്തേ വളരെ നിർബന്ധമാണത് നിങ്ങൾക്ക് ആരോഗ്യം വേണമെന്നുണ്ടെങ്കിൽ അതിലൊന്നാമത്തെ കാര്യമാണ് നമ്മൾ അച്ചടക്കത്തോടുകൂടി ജീവിതം കൊണ്ടു നടക്ക് അതായത് സൂര്യോദയത്തിന് മുമ്പെങ്കിലും എണീകരിക്കണം അതിൽ യാതൊരു കോംപ്രമൈസ് ഉണ്ടാവും നിങ്ങൾക്ക് ആരോഗ്യം വേണമെന്നുണ്ടെങ്കിൽ ആരോഗ്യം വേണമെങ്കിൽ നിങ്ങൾ തോന്നിയതുപോലെ എണീറ്റുള്ളൂ സൂര്യോദയത്തിന് മുമ്പ് എനീകരിക്കണം എന്തിട്ടോ മൂത്തൊഴിച്ച് രണ്ടാമത് കടന്നുറങ്ങിയിട്ടാണ് ആരോഗ്യമല്ലേ സ്വാമി പറഞ്ഞിരിക്കുന്നത് കാരണം ഡോക്ടർമാര് പറയുന്നത് എട്ട് മണിക്കൂർ കടന്നുറങ്ങൂന്നല്ലേ അല്ല രാവിലെ എണീറ്റ് എന്ത് നമ്മൾ കുറച്ച് അങ്ങനെ ധ്യാനിക്കാതായില്ല അത് രാവിലെ എണീറ്റു ഇനി എന്ത് വേണം കാറ് തുറന്നാ പിന്നെ ഡോക്ടർ വെച്ചല്ലേ ഇനി എന്ത് ചെയ്യണം നിങ്ങൾക്ക് ഒരു ടിപ്പ് പറഞ്ഞു കഴിഞ്ഞേ രാവിലെ ഒരു നാല് ഗ്ലാസ് വെള്ളം കുടിക്കും ചിരിച്ചു നോക്കൂ നിങ്ങൾ ഒരു വ്യത്യാസം വരും നിങ്ങൾക്ക് എന്നെയൊക്കെ സംബന്ധിച്ച ഏറ്റവും വലിയ മെഡിസിൻ അതാണ് രാവിലെ എണീറ്റാൽ പല്ല് പോലും കഴുകണമെന്നില്ല നമ്മൾ അങ്ങനെയൊക്കെ അല്ലേ ധരിച്ചിരിക്കുന്ന പല്ല് കഴുകണം അതൊന്നും കഴുകണമെന്നില്ല എണീറ്റ ഉടനെ തന്നെ ൊരു നാല് ഗ്ലാസ് വെള്ളം നാല് ഗ്ലാസ് ആണ് ഗ്ലാസ് എങ്ങനെ അളം നോക്കിയത് ഒന്ന് രണ്ട് അങ്ങനെയല്ലേ ഏഹ് കുറെ നമ്മളൊരു ബോട്ടിൽ കൊണ്ടുവയ്ക്ക് എന്നിട്ട് കുടിക്കും എന്നിട്ട് പിന്നെ നമ്മളൊന്ന് ഫ്രഷ് ആയതിനു ശേഷം അടുത്തതാണ് ശരീരത്തിന് വേണ്ടുന്ന പ്രധാനപ്പെട്ട ഒന്നാണ് എന്ന് കുറച്ചു നേരം പ്രാണായാമം ചെയ്യാം ഒരു പത്ത് മിനിറ്റെങ്കിലും ശ്വാസം ദീർഘമായിട്ടെടുക്കുക ശ്വാസം പുറത്തേക്ക് വിടുക കയ്യും കാലൊന്നും പിടിക്കണം എന്നൊന്നും പറയില്ല ജസ്റ്റ് എന്തിനാ വേണ്ടത് പ്രാണായാമം നമ്മുടെ ഓരോ സെല്ലുകളിലേക്കും വായു പ്രാണവായുവിനെത്തിച്ചാൽ സെല്ലുകൾക്കെല്ലാം ആരോഗ്യം കൂടുതലായിരിക്കും അപ്പൊ പ്രാണായാമം വളരെ അവശ്യമാണ് രണ്ടാമത്തത് മൂന്നാമത്തത് നമ്മൾ കുറച്ച് എക്സസൈസും കുടിയും ഇതൊക്കെ കൊണ്ടു നടക്കാൻ പറ്റിയാൽ അത് ശ്രദ്ധിക്കുക ആഹാരത്തിനും ശ്രദ്ധ വയ്ക്കുക അങ്ങോട്ട് നമുക്ക് പറ്റില്ല എന്ന് എന്തിന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒഴിവാക്കുക അയ്യോ അവര് കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ ഇടിച്ചു പിഴിഞ്ഞുണ്ടാക്കിയതല്ലേ ഷുഗർ നോക്കിയിരിക്കാൻ പടുവോ എന്നാലും കുറച്ച് കുടിച്ചില്ലെങ്കിൽ അവരെന്താ വിചാരിക്കുക ഷുഗർ ഉണ്ടെച്ചിട്ട് അവര് വിചാരിക്കണം അല്ല നമ്മൾ നോക്കേണ്ട നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ആരോഗ്യസ്ഥിതി അപ്പൊ അനാവശ്യമായി കഴിയുന്നതും ഭക്ഷണങ്ങൾ എനിക്ക് നിങ്ങളോടതൊക്കെ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ ബോധം ഉണ്ടാവില്ല ചിലപ്പോ കൊതികൊണ്ടുണ്ടല്ലോ അവിടെ പോയി ഭക്ഷണം കഴിക്കും മിക്കവാറും ആളുകൾക്ക് കുഴപ്പമുണ്ടാവുന്നതാണ് ഹോട്ടലിൽ പോയിട്ട് അങ്ങനെ കഴിക്കും അവർ തട്ട് തട്ടും തട്ടി തട്ടി ഇങ്ങോട്ട് വന്നിരിക്ക വയറ്റുന്ന ഒരു തട്ട അവിടുന്ന് പിന്നെ അവർക്ക് തട്ടാനെ നല്ലത് കഴിച്ചതുപോലും പിന്നെ വയറിൽ പിടിക്കില്ല അതുകൊണ്ട് ഇവിടുന്ന് നമ്മൾ യാത്ര ചെയ്യിക്കുന്ന സമയത്ത് കഴിയുന്നതും നിങ്ങളോടുള്ള ഒരു അപേക്ഷ ഒരാളും ഹോട്ടലിൽ പോയിട്ട് അനാവശ്യമായതൊന്നും വേടിച്ചു കഴിക്കരുത് നമ്മുടെ ഈ ചിപ്സ് കമ്പനി പോലെയാണോ പലടത്തും ഈ നാട്ടിൽ ചിപ്സ് ഉണ്ടാക്കുന്നുണ്ടല്ലോ ശരിക്കും ബ്രഹ്മം തന്നെയാണത് കാരണം വാങ്ങിച്ച തുടങ്ങിയ കാലത്തുള്ള പാത്രം അതുണ്ടാക്കുന്ന ആള് അതിലുപയോഗിച്ച എണ്ണ എണ്ണ കൂടുക എന്നല്ലാതെ ഉള്ളതൊരിക്കലും മറ്റില്ല കായങ്ങനെ മാറിക്കൊണ്ടിരിക്കും അതായത് പ്രകൃതി മാറിക്കൊണ്ടിരിക്കും പുരുഷൻ യാതൊരു കറുത്ത പുരുഷൻ അതിലിങ്ങനെ പ്രകൃതി ഇങ്ങനെ വന്ന് മാറി മാറിക്കൊണ്ടിരിക്കും ഇതുപോലെ പലപ്പോഴും ചില ഓയിലൊന്നും നമ്മുടെ വയറിന് പിടിക്കില്ല അതൊക്കെ സൂക്ഷിക്കും പ്രധാനമായിട്ട് ഇത് മൂന്ന് ശ്രദ്ധിക്കും നിങ്ങൾ ഇത് ഒന്ന് രാവിലെ എണീക്കുക അച്ചടക്കം എന്ന് പറഞ്ഞാൽ അമ്മ അച്ഛനെ അടക്കം ചെയ്യുന്നതെല്ലാം അച്ചടക്കം ക്ലാസ്സിൽ അധ്യാപകൻ ചോദിച്ച എന്താ അച്ചടക്കം ഇപ്പൊ കുട്ടി എന്ന് അമ്മ അച്ഛനെ അടക്കം ചെയ്യുന്നതാണ് അച്ചടക്കം അതല്ല അച്ചടക്കം എന്താ അച്ചടക്കം പറയുന്നത് രാവിലെ സൂര്യോ തേറ്റിന് മുമ്പ് എണീക്കുക അത് നമ്മളിപ്പോ നോക്കും നിങ്ങൾക്ക് അതിനൊരു മാറ്റം തോന്നില്ലേ ഒരാഴ്ചയിലൂടെ പലരും നേരത്തെ തന്നെ എണീക്കുന്നവരായിരിക്കാം നീ ആ എണീക്കാത്തവർക്ക് പോലും രാവിലെ എണീക്കുമ്പോ ഓ പ്രത്യേകിച്ച് അലാറത്തിന്റെ ആവശ്യമില്ല കാരണം അടുത്തിരിക്കുന്ന ആളുകൾ അലറന്നു തന്നെ പിന്നല്ല കിടക്കയും കൊണ്ട് പോകുന്ന മറ്റാൾ ചവിട്ടിയിട്ടാണ് എണീക്കാൻ ഇരിക്കും ഏത് കാടൽ എന്തിരിയിലുള്ള ആളോ അപ്പോ ചാടിയിലേക്ക് ഓടിയത് ഞാൻ നോക്കിയപ്പോ ഇവിടെ തരും വലിയ ഒരു പ്രത്യേകത കണ്ടെന്നുണ്ടല്ലോ എണീക്കം അതല്ല അപ്പോ റോട്ടാണ് അതൊരു വളരെ രസം ബുദ്ധി പോകും ആർക്കും ഒരു എന്താണ് ഒരു സമയം വേസ്റ്റ് ആക്കരുത് നല്ലൊരു സദ്ധി ഇല്ല എല്ലാവരും കൊടുക്കുന്നത് ബുദ്ധി ആദ്യം തന്നെ കാരണം അവിടെ വെള്ളം ഉണ്ടാവില്ല വെള്ളം എപ്പോഴാണ് നിൽക്കുക തന്നെ ഇല്ല ഒരു കണക്കിന് നന്നായി ഇനി ഇങ്ങനെയുള്ള ആശ്രമത്തിൽ സത്തായം ചെയ്യാൻ പാടുള്ളതും വെള്ളം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ അപ്പൊ ഇതല്ല വെള്ളം ഇല്ല എന്നുള്ളൊരു ബോധം വരുമ്പോ തീരുന്നതിന് മുമ്പ് പണ്ടൊരാൾ പ്രാർത്ഥിച്ചതുപോലെ ഗുരുവായൂരപ്പ ലോകാസമസ്ത അസുഖീനോ പോകുന്നതൊക്കെ ശരിയാണ് ആരെ എട്ട കാര്യം എങ്കിലൊന്ന് പരിഗണിക്കും ഗുരുവായൂരപ്പ ഒക്കെ ശരിയെന്നാണ് ലോകവും സമസ്തമൊക്കെ നേരെയാവണം ഇതുപോലെ നമ്മള് ഒരു ഡിസിപ്ലിൻ വെക്കണം രണ്ടാമത്തത് പ്രാണായാമം ചെയ്യണം ഒരു അഞ്ചു മിനിറ്റ് നേരത്തെങ്കിലും നിങ്ങൾ പ്രാണായാമം ചെയ്തു അതിനുവരെ നീക്കണം മൂന്നാമത്തത് ആഹാരത്തിനൊക്കെ ഒരു സ്ഥലത്ത് കുറച്ചൊക്കെ ഒരു എക്സസൈസ് നടക്കുക പിടിക്കുക അതെങ്ങനെ ഇരുന്ന് കഴിച്ചു ഇപ്പൊ കുറച്ചൊക്കെ എക്സസൈസ് ഇതാണ് ശരീരത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടത് ഇത് മാത്രമല്ലേ ജലപ്പുറമൊക്കെ ഉണ്ട് കുറച്ച് ഇതെങ്കിലും നമ്മൾ പ്രാക്ടീസ് ചെയ്യാം ഇപ്പൊ ഞാൻ നിങ്ങളോട് എന്താണ് കുറച്ച് രാവിലെ ഒരു ഒന്നര കിലോമീറ്റർ നടക്കണം അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് എന്താണ് പത്മാർത്ഥനം ചെയ്യണം അതുപോലെ തന്നെ സൂര്യനമസ്കാരം ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ ഇത് ഞാൻ പടത്തിൽ തന്നെ ഉണ്ടാവുള്ളൂ ഒരൊന്നര കിലോമീറ്റർ നടത്തും കണക്ക് തന്നെയാണ് പട്ടി ഓടേണ്ടി വരും ഞാൻ പിന്നെ നമ്മൾ നടന്നുവെന്ന് വരും അല്ലെങ്കിൽ നടക്കൽ എവിടെ നടക്കുന്നു ചില ആളുകൾക്ക് നടക്കുന്നുണ്ടാവാം മനസ്സിലായി കുറച്ചൊക്കെ എക്സസൈസ് ചെയ്യാം നാളെ കാണാം നിങ്ങൾക്ക് എന്താണ് നമ്മൾ എക്സസൈസ് ചെയ്യാത്തതിന്റെ ഗുണങ്ങൾ നാളെ കാണാൻ നോക്ക് രണ്ടടി അടിയും ശ്വാസം അഭിപ്രകാരത്തിൽ നമ്മൾ കിതപ്പൊക്കെ വരും കുറച്ചൊക്കെ മെനക്കെടണം അത് മനസ്സിന്റെ ആരോഗ്യത്തിന് എന്താ മനസ്സിന്റെ ആരോഗ്യത്തിന് വേണ്ടത് ഒന്ന് ാനം വേണം കുറച്ച് നേരത്തേക്ക് ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നും ചിന്തിക്കാതെ എന്നാൽ എന്തിനെക്കുറിച്ച് ചിന്തിക്കുക എവിടെ നിന്നാണ് മനസ്സ് വന്നിരിക്കും അതിനെക്കുറിച്ച് അധിക നേരൊന്നും ഇരിക്കാൻ പറ്റില്ല അപ്പോഴേക്കും നമ്മൾ ഉറക്കത്തിലേക്ക് പോവും ഉടനെ തന്നെ നമ്മളെന്ത് വേണം കുറച്ചു നേരം ധ്യാനിച്ച് അടുത്തത് നാമസങ്കീർത്തനം ചെയ്യാൻ പറ്റും മനസ്സിന്റെ ആരോഗ്യത്തിന് വേണ്ടത് നാമസം ധ്യാനം നാമസങ്കീർത്തനം പിന്നീട് മനസ്സിനെ ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് എന്ത് അനുഭവത്തെയും ഉൾക്കൊള്ളാനുള്ള മനസ്സും മറ്റുള്ളവരോട് സ്നേഹത്തെ പ്രകടിപ്പിക്കാനുള്ള നല്ല വാക്കുകൾ പ്രകടിപ്പിക്കാനുള്ള കഴിവുമാണ് ആരുടെ ആരോഗ്യത്തിന് വേണ്ടത് നമ്മൾ ക്രോധം ദേഷ്യം ഇത്തരം വികാരങ്ങളൊക്കെ കുറഞ്ഞു ദേഷ്യത്തോടെ പറയാൻ ആര് സമ്മതിക്കരുത് മനസ്സിനെ സമ്മതിക്കരുത് തമാശയിലൊക്കെ നമ്മൾ പറയാനല്ലാതെ കാര്യത്തിൽ ദേഷ്യപ്പെടാൻ മനസ്സിനെ അനുവദിക്കരുത് ഇതാണ് ഇത് രണ്ടും നടക്കണമെങ്കിൽ നമുക്കെന്ത് വേണം അതിന് നമുക്ക് ഗുരുവായൂരപ്പന്റെ കാരുണ്യം വേണം അതെങ്ങനെ കിട്ടും സൽസംഘത്തിലൂടെ ഗുരുക്കന്മാരുടെ അനുഗ്രഹത്തിലൂടെ കിട്ടും അപ്പൊ സൽസംഘത്തിലൂടെ ഭഗവാന്റെ കാരുണ്യം എന്ന് പറഞ്ഞാൽ സൽസംഗമാണ് സൽസംഗത്തിലൂടെ നമുക്ക് ഈ പറഞ്ഞതൊക്കെ കിട്ടും ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ സത്യത്തിൽ നമ്മുടെ മനസ്സ് എളുപ്പം എന്നായിത്തീരും സമാധി സമാധിയായി കഴിഞ്ഞാൽ സമാധി എന്ന് പറഞ്ഞാൽ ഏത് അനുഭവത്തെയും സുഖത്തെയും ദുഃഖത്തെയും ജയത്തെയും പരാജയത്തെയും ലാഭത്തെയും നഷ്ടത്തെയും ഒക്കെ സമമായി കാണാൻ സാധിച്ചാൽ മനസ്സ് ആരിലേക്കും ഭഗവാനെ ഇതാണ് നാരായണീയ തത്വം അതുകൊണ്ട് പറഞ്ഞുള്ളൂ നാരായണി എന്നുള്ളതിന് രണ്ടർത്ഥമുണ്ട് ഒന്ന് എഴുതിയ പുസ്തകത്തിന്റെ പേര് നാരായണീയനാണ് എഴുതിയ ആളുടെ പേര് നാരായണീയ ഇനി എഴുതിയത് നാരായണനാണ് എഴുതിയത് നാരായണനെക്കുറിച്ചാണ് ഇനി മറ്റൊരു അർത്ഥം നാരായണനെക്കുറിച്ചാൾ എന്ന് പറഞ്ഞാൽ ഭഗവാനെക്കുറിച്ചാണ് എഴുതിയയാളുടെ പേര് നാരായണൻ ഇനി എഴുതുന്നത് എഴുതിയവൻ അയാളും നാരായണനാണ് എഴുതപ്പെട്ടതും നാരായണൻ തന്നെയാണ് എന്ന് വെച്ചാൽ എന്തർത്ഥം ഇവിടെ ഭഗവാൻ ഭഗവാനെക്കുറിച്ച് എഴുതുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സാണ് ഇത് എഴുതുന്നത് ഇത് സൂചിപ്പിക്കുന്നതെല്ലാം ബുദ്ധിയിൽ പ്രകാശിച്ചിരിക്കുന്ന ഭഗവാനാണ് അപ്പൊ മനസ്സിലിരിക്കുന്ന ഭഗവാനും ബുദ്ധിയിലിരിക്കുന്ന ഭഗവാനും ഒന്നാണെങ്കിൽ എഴുതിയവനും എഴുതപ്പെട്ടതും ഒന്ന് തന്നെയാണ് ഇപ്പൊ നമ്മുടെ മനസ്സാകുന്ന നാരായണ ഭക്ഷാട് ആത്മാവായിരിക്കുന്ന നാരായണനെക്കുറിച്ച് എഴുതിയതാണ് നാരായണീയം അതുകൊണ്ട് നാരായണീയത്തിലൂടെ നേടേണ്ടതും എന്താണ് നാരായണനെയാണ് പഠിക്കുന്നവനും നാരായണനാണ് പഠിക്കപ്പെടുന്നതും നാരായണനെ കുറിച്ചാണ് എല്ലാം അവസാനം അനന്യ ഭാഗത്തിലേക്ക് അനന്യഭക്തിയിലേക്ക് ലയിക്കുന്നതാണ് നാരായണീയം വേദബുദ്ധി ഇവിടെ അല്പം പോലും ഇല്ല നേരത്തെ വാദരോഗത്തിന്റെ പ്രശ്നത്തിൽ ദുഃഖിച്ച് ഭട്ടതിരിപ്പാട് അവസാനം ഭഗവാന്റെ കേശാതിപാത രൂപം കണ്ടപ്പോ അദ്ദേഹം വാദരോഗത്തെ മറന്ന് ആര് അദ്ദേഹത്തിന് മനസ്സിലായി ഞാനും ഭഗവാനും എല്ലാം ഒന്നു വാദരോഗമുണ്ടോ ഇല്ല ഭട്ടതിരിപ്പാടിന്റെ വാദരോഗം മാറി എന്നല്ല പട്ടതിപ്പാട് അവസാനം പരമാനന്ദ സാന്ദ്ര ഗതിയിലേക്ക് ജയിച്ചു അതുകൊണ്ട് അദ്ദേഹം പറയും പരമാനന്ദ സന്തോഹ ലക്ഷ്മി നമ്മുടെ ജീവിതം അങ്ങനെയാണ് മാറ്റിയെടുക്കേണ്ടത് നിങ്ങൾ ഉറപ്പിച്ചു മനസ്സിലാക്കൂ പ്രശ്നങ്ങളൊന്നും പോവില്ല നിങ്ങളുടെ ഉള്ളിൽ പ്രശ്നങ്ങളൊന്നും വരാതിരിക്കുകയില്ല നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ത് പ്രശ്നം വന്നാലും മനസ്സിനെ വീണ്ടും വീണ്ടും എന്ത് ചെയ്യണം ഭഗവാനിലേക്ക് ഡൈവേർട്ട് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ അറ്റൻഷൻ ഡൈവേർട്ട് മനസ്സിന്റെ ശ്രദ്ധ മറ്റൊന്നിലേക്ക് തിരിക്കുക അതിന് തിരിക്കണമെങ്കിൽ മറ്റൊന്നിലേക്ക് നമ്മുടെ മനസ്സ് ആകർഷിക്കപ്പെടണം അതിനുവേണ്ടി നമ്മൾ നിരന്തരം പ്രയത്നിക്കണം മാറ്റം വരും അനുഗ്രഹം വരും അങ്ങനെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഇവിടെ നമ്മൾ സമരിപ്പിക്കുന്നു ഒൻപതാമത്തെ ദശകത്തിന് എങ്ങനെയാണ് സൃഷ്ടി വികസിച്ചു വന്നത് എന്നതാണ് മറ്റൊരുപാട് ഉതസ്ഥുദാമ നിതീക്ഷണക്കുതൂഹലാൽപ്പതിശം വിപത്നന ചിർദാമസൃഷ്ടംഭുജ നമ്മുടെ ഭാരതീയ സങ്കൽപ്പം സൃഷ്ടി എന്ന് പറയുന്നത് ബ്രഹ്മാവിന്റെ മനസ്സിൽ നിന്നും പ്രകടമായതാണ് സൃഷ്ടി സൃഷ്ടാവായിട്ട് സങ്കല്പിച്ചിരിക്കുന്നത് ആരെയാണ് ബ്രഹ്മാവി എല്ലാം സൃഷ്ടിക്കുന്നത് ബ്രഹ്മാവ് അറിയാറില്ലേ ബ്രഹ്മാവിന്റെ എഴുത്ത് മാറ്റാൻ പറ്റില്ല അപ്പോ അങ്ങനെ ബ്രഹ്മാവ് എന്ന് നമ്മുടെ പൂർവികന്മാർ സങ്കല്പിച്ചു വെച്ചിരിക്കുന്ന ചിത്രം അനന്തശാഹിയായിരിക്കുന്ന ഭഗവാന്റെ പൂക്കളിൽ നിന്നും ഒരു താമരപ്പൂ വിടർന്നു വന്നിരിക്കുന്നു ആ താമരയിൽ ആയിരിക്കുന്നു ബ്രഹ്മാവിൽ അങ്ങനെയൊരു വ്യക്തി ആണ് സൃഷ്ടിക്കുന്നതെങ്കിൽ അത് നമ്മുടെ യുക്തിക്ക് നിരക്കില് സയൻസിന് നിരക്കില് കാരണം ഒരു വ്യക്തിയാണ് സൃഷ്ടി ആ വ്യക്തിക്ക് ജനനവുമുണ്ട് ആ വ്യക്തിക്ക് മരണവും അപ്പൊ ബ്രഹ്മാവ് വ്യക്തിയാണെങ്കിൽ ആ ബ്രഹ്മാവ് ജനിച്ചിട്ടുണ്ടാവണം ആ ബ്രഹ്മാവ് ഭരിച്ചിട്ടുണ്ടാവണം പാരാണ് ഈ ബ്രഹ്മാവ് അവിടെയാണ് നമ്മൾ സൂക്ഷ്മമായി മനസ്സിലാക്കേണ്ടത് സൃഷ്ടി വരുന്നത് എവിടെ നിന്നാണ് നമ്മള് നമ്മുടെ ജീവിതം തന്നെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ പ്രത്യുൽപാദനം അങ്ങനെയാണല്ലോ സൃഷ്ടി ഏത് ജീവജാലത്തിനും സൃഷ്ടി ചെയ്യണമെങ്കിൽ കാമം എന്നൊരു വികാരം മനസ്സിലുണ്ടാവും അപ്പൊ കാമം എന്നൊരു വികാരം മനസ്സിലില്ലെങ്കിൽ എന്തില്ല സൃഷ്ടി എന്ന് പറയുന്ന പ്രക്രിയ ഉണ്ടാവില്ല അപ്പൊ മനസ്സാകുന്ന കാമത്തിൽ നിന്നാണ് മനസ്സിലുള്ള കാമത്തിൽ നിന്നാണ് എന്തുണ്ടാവുന്നത് സൃഷ്ടി വരുന്നതെങ്കിൽ മനസ്സിന്റെ പ്രതീകമായിരിക്കണം ആര് ബ്രഹ്മാവ് ്രഹ്മാവ് എന്ന ശബ്ദത്തിനർത്ഥം എല്ലാവരുടെയും മനസ്സിനെ തന്നെയാണ് അരി വിളിക്കുന്നത് ബ്രഹ്മാവ് പക്ഷെ ഇവിടെ ബ്രഹ്മാവിന് നാല് തലയുണ്ട് നാല് തലയുള്ള ഒരു വ്യക്തിയുണ്ടെങ്കിൽ അപകടം തന്നെയാണ് അല്ലേ ഒരു വ്യക്തിക്ക് നാല് തല ഒരു തലേന്നെ അധികം നാല് തല ഒരു വ്യക്തിക്കുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കുക രാവിലെ തന്നെ എളിറ്റ് പല്ല് തേക്കുക പല്ലൊന്ന് ബ്രഷ് ചെയ്യാ നാല് തല എങ്ങനെ സാധിക്കും ഇനി അത് കഴിഞ്ഞിട്ട് അതൊന്ന് കുളിക്കണം എങ്ങനെ തല പറ്റും ഇന്ന് മാത്രമല്ലേ ഈ നാല് തലയിൽ നാല് രൂപത്തിൽ ചിന്തിക്കാൻ തുടങ്ങിയാലോ സിയാമി നമ്മൾ കേട്ടിട്ടില്ലേ രണ്ട് തലയും രണ്ട് രീതിയിൽ ചിന്തിക്കാറുണ്ട് ഈ നാല് തലയിൽ നാല് രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങിയാലോ രാന് പിടിക്കാൻ വേറെ എവിടെയും പോകണോ അപ്പൊ അങ്ങനെയൊരു വ്യക്തി ഉണ്ടെങ്കിൽ സൃഷ്ടിയിൽ അപകടമല്ലേ നാല് തലകളിലൊരു വ്യക്തി പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് ഇയാൾ എങ്ങനെയാ ഭക്ഷണം കഴിക്കാറുണ്ട് എല്ലാ തലയും കൂടി കരയില്ലേ എന്ന് മാത്രമല്ല ഇതിനും ബുദ്ധിമുട്ട് അയാൾക്ക് നടക്കാൻ പറ്റില്ല കാരണം നാല് ഭാഗത്തും മുഖ ഓരോ മുഖം വരെ ഈ അതൊരു ബുദ്ധിമുട്ട് ഇനി പോട്ടെ കിടന്നുറങ്ങാൻ തലയാണ് എവിടെ വയ്ക്കും തലയില്ലല്ലോ എല്ലാ ഭാഗത്തും മുഖമല്ലേ വരുന്നത് പാവം മര്യാദക്ക് കിടന്നുറങ്ങാൻ പറ്റില്ല എന്തിനെ എങ്ങനെയൊക്കെ ഒരു വികൃതമായിട്ടുള്ളൊരു ചിത്രീകരണം വെച്ചിരിക്കുന്നത് നാല് തലയുള്ള ഒരു വ്യക്തി എന്നല്ല അർത്ഥം നമ്മുടെ ബ്രെയിൻ സസ്യത്തിന് നാല് തരത്തിലുള്ള ചിന്തകളുണ്ട് എന്ന് പറയും നാല് തരത്തിലേതൊക്കെയാണ് അത്രേ ഒന്ന് മനസ്സെന്ന് പറയും നമ്മൾ ഓരോന്നിനും വേർതിരിച്ച് മനസ്സിലാക്കണം മനസ്സെന്താണ് അതുപോലെ ബുദ്ധി എന്താണ് അതുപോലെ തന്നെ ചിത്തം എന്താണ് അതുപോലെ അഹന്ത എന്താണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഓരോന്നോ കാര്യങ്ങൾ മനസ്സിലാക്കാറുണ്ട് ഏതായാലും നാല് തല െ പ്രതിനിധീകരിക്കണം ഒന്നാമത്തത് മനസ്സാണ് ഉണർത്തുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്ന ശക്തിയാണ് മനസ്സ് ആ മനസ്സിൽ കാമം എന്ന വികാരങ്ങൾ പല ഇമോഷണും പലതും അതിനകത്തുണ്ട് വികാരങ്ങളുടെ കേന്ദ്രമാണ് ഇത് മനസ്സ് വിചാരങ്ങൾ വിചാരം എന്ന് പറഞ്ഞാൽ തീരുമാനങ്ങൾ വിവേകത്തിന്റെ തീരുമാനങ്ങൾ അത് ചെയ്യുന്ന ഒരു കേന്ദ്രമാണ് ബുദ്ധി അപ്പൊ നമ്മുടെ ബ്രെയിൻ സിസ്റ്റം തന്നെ ഈവൻ മെഡിക്കൽ സയൻസ് അംഗീകരിക്കുന്ന ഒന്ന് നമ്മുടെ റൈറ്റ് സൈഡ് റൈറ്റ് സൈഡ് ഉണ്ടല്ലോ അത് ബ്രെയിനിന്റെ സ്ഥാനമായിട്ടാണ് വെച്ചിരിക്കുന്നത് നമ്മുടെ ലെഫ്റ്റ് സൈഡ് മനസ്സിന്റെ ഇമോഷണൽ കേന്ദ്രമായിട്ടാണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ മൊബൈൽ ഫോണൊന്നും റൈറ്റ് സൈഡിൽ വെച്ചിട്ടു വിളിക്കരുത് സംസാരിക്കരുത് കൂടുതലെന്ന് പറയാൻ കാരണം കാരണം അത് ബ്രെയിനിനെ ബാധിക്കും മനസ്സിലാവുന്നത് ഈവൻ മെഡിക്കൽ സൈഡ് നമ്മൾ മോഡേൺ സയൻസാണ് ചിന്തിക്കുന്നത് അപ്പോ ഒരു വശത്ത് ബ്രെയിൻ മറുവശത്ത് ഇമോഷണൽ സൈഡ് മൈൻഡ് അപ്പോ രണ്ട് തലകൾ മൂന്നാമത്തത് മറ്റൊരു തല എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള സംസ്കാരത്തെയാണ് നാം ഉണ്ടാക്കിവയ്ക്കുന്ന സംസ്കാരത്തെയാണ് മൂന്നാമത്തെ തല ഇതിനെ വിളിക്കുന്നത് ചിത്തം നാനം സ്മരണകളുടെ കേന്ദ്രം നമ്മൾ മെമ്മറി എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന കേന്ദ്രം നമ്മൾ ചെയ്യുന്നതും അറിയുന്നതും അനുഭവിക്കുന്നതും കേട്ടതും എല്ലാം എവിടെ റെക്കോർഡ് ചെയ്യുന്നത് നമ്മുടെ ഉള്ളിൽ ശേഖരിച്ചു വെക്കുന്നുണ്ട് ആ ശേഖരത്തിന്റെ പേരാണ് നമ്മുടെ സ്റ്റോർ ഹൌസിന്റെ പേരാണ് ഇന്നത്തെ ഭാഷയെ പറഞ്ഞാൽ എന്താണ് ഹാർഡ് ഡിസ്കിന്റെ പേരാണ് ഏത് നമ്മുടെ ചിട്ടം എന്ന് പറയുന്നത് ഇനി നാലാമത്തതാണ് ഇതിലെല്ലാം ഇതിനെയെല്ലാം കോർഡിനേറ്റ് ചെയ്യിക്കുന്ന അഹം എന്ന് പറയുന്ന ഭാവം ഇതിനെ വിളിക്കുന്ന അഹന്ത എന്നാണ് ജ്ഞാനെന്ന ഭാവം ഈ ഞാനെന്ന ഭാവം നമ്മളിൽ മൂന്നെണ്ണം ചേർന്നിരിക്കുന്നു പ്രഫലമായ ഒന്ന് ആർജിച്ചു സംസ്കാരം രണ്ട് നമ്മുടെ ബുദ്ധിയിലെ ചിന്തകൾ തീരുമാനങ്ങൾ മൂന്നാമത്തത് നമ്മുടെ വികാരങ്ങൾ ഇത് മൂന്നും കൂടി ചേർന്ന ഒരു ഭാവത്തിനെയാണ് എന്റെ വിളിക്കുക ഞാനെന്ന അഹംഭ ഞാനെന്ന അഹംഭാവം എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണ അഹംഭാവം എന്ന് പറയുന്ന നല്ലവരർത്ഥം നമ്മളിൽ ഓരോരുത്തരുടെയും ഞാനെന്ന ഭാവത്തിന് ഈ മൂന്നെണ്ണം സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഒരച്ഛന് രണ്ട് മൂന്ന് കുട്ടികളുണ്ടെങ്കിൽ മൂന്ന് കുട്ടികളിലെയും ഞാനെന്ന ഭാവത്തിന് വ്യത്യാസമുണ്ടാവോ അവരുടെ ഞാനെന്ന സ്വഭാവത്തിന് വ്യത്യാസം ഉണ്ട് പുള്ളി ഓരോരുത്തരുടെയും സ്മരണകളും ഓരോരുത്തരുടെ തീരുമാനങ്ങളും ഓരോരുത്തരുടെ വികാരങ്ങളും ഒരാളിൽ നിന്നും മറ്റൊരാൾ വ്യത്യസ്തമായിരിക്കും അതുകൊണ്ട് ഞാനെന്ന ഭാവത്തിനും ഒരു വ്യത്യാസം വളരെ ചിലർ വളരെ ഈകോയിസ്റ്റിക് ആയിരിക്കും ചിലർ വളരെ അഡ്ജസ്റ്റിംഗ് നേച്ചറായിരിക്കും അല്ലെ ചിലർ വളരെ കോപ്പറേറ്റീവ് ആയിരിക്കും ചിലർ തീരെ കോപ്പറേറ്റീവ് ചെയ്യില്ല ചിലർ പിടിവാസിക്കാരായിരിക്കും ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന അവരുടെ ഉള്ളിലുള്ള വികാര വിചാരങ്ങളുടെ സ്വഭാവത്തിനനുസരിച്ച് ഞാനെന്ന ഭാവത്തിനും സ്വഭാവം ഇങ്ങനെ ഈ നാലെണ്ണത്തിനെയാണ് ബ്രഹ്മാവിന്റെ നാല് തലകളായി വെച്ചിരിക്കുന്നത് ഏതായാലും ഇവിടെ പറയുന്നു ആ കമലം കമലോദ്ഭവൻ കമലത്തിൽ നിന്നും ഉത്ഭവിച്ച ബ്രഹ്മാവ് അദ്ദേഹം എന്ത് ചെയ്തു ഇതം ഇതം കുതസ്സിൽ അമ്പുതു ഒരിതമിതി ഈ താമര എവിടുന്നാ വന്നിരിക്കുന്നത് ഈ താമരാരാ സൃഷ്ടിച്ചിരിക്കുന്നത് എന്നൊരു ജിജ്ഞാസ ആർക്ക് വന്നു അതായത് ബ്രഹ്മാവന് വന്നു അങ്ങനെ അനലോകയൻ അയാൾ എന്ത് ചെയ്തു വിവൃത്താനന വികസ അഷ്ടദൃശ ദൃഷ്ടംഭുജം ചതുർവദാനനം അകൽ അവിടുന്ന് ആ താമരപ്പൂവിന്റെ ഉള്ളിലൂടെ അവിടുന്ന് ഇറങ്ങിച്ചെല്ലാണ് ആദ്യം എവിടുന്ന് വന്നു എന്ന് ചിന്തിച്ചപ്പോൾ നാല് തലകൾ വന്നു എന്നും ഇനി താമരപ്പൂവിലേക്ക് ഇറങ്ങിച്ചെന്ന് അന്വേഷിക്കുക അതായത് എല്ലാ മനസ്സിലും രണ്ടു തരം ജിജ്ഞാസ രണ്ടു തരം ആകർഷണമുണ്ട് എന്ന് പറയാൻ ഒന്ന് ഈ പ്രപഞ്ചത്തിലുള്ള സാധന സാമഗ്രികളെ അറിയാനുള്ളൊരു ജിജ്ഞാസ എല്ലാ മനുഷ്യ മനസ്സിലുണ്ട് രണ്ടാമത്തൊരു ജിജ്ഞാസ എന്ന് പറയുന്നത് അവനവനെക്കുറിച്ചറിയാനുള്ളൊരു ജിജ്ഞാസ എവിടുന്നാണ് ആരാണിതൊക്കെ സൃഷ്ടിച്ചത് എന്താണ് ഈ ജനനം മരണം എവിടേക്കാണ് മനുഷ്യൻ മരിച്ചു പോകുന്നത് തുടങ്ങിയിട്ടുള്ള ചില കാര്യങ്ങൾ അറിയാനുള്ളൊരു ജിജ്ഞാസ എല്ലാ മനുഷ്യ മനസ്സിലും ഉണ്ട് ഇതിനെപ്പറയും ഭൌതികവും മനുഷ്യ മനസ്സിലുണ്ട് അതുപോലെ ആത്മീയവും മനുഷ്യ മനസ്സിലുണ്ട് എല്ലാ മനുഷ്യ മനസ്സിലും എന്നിട്ടോ അദ്ദേഹം ഇങ്ങനെയൊക്കെ നാല് മുഖം കയറ്റം മഹാർണവൂർണിതം കമലമേ തത് കേലംകുവാശ്രയം തവദനം തുലോകയൻ ഏകയേഷ കമലോദരെ മകതി നിസ്സാരോഹ്യഹം ഉദസ്സിദമുജം സമജനീതി ചിന്താമകൾ ്രഹ്മാവ് ഇരിക്കുന്നതിന്റെ പിന്നിൽ താഴെ കമലം കണ്ട് ഇരിക്കുന്നത് കമലത്തിലാണോ ഇത് കണ്ടിട്ട് ചോദിക്കുകയാണ് ഇതെവിടുന്നാണ് ഏവ വിലോക്യ റതുവാശ്രയം തവതനും ഏഷ അഹം കഹ ഇതെവിടുന്നാണിതൊക്കെ വന്നിരിക്കുന്നത് ഈ ഞാൻ ആരാണിതിൽ എവിടെയിരിക്കുന്നത് എന്നെല്ലാം ഇങ്ങനെയുള്ള ഇതം അമ്പുജം കൊതസിൽ ഈ അമ്പുജം എവിടെ വന്നു എന്നെല്ലാം അറിയാനുള്ള ഒരു ജിജ്ഞാസ ആർക്ക് ബ്രഹ്മാവിന് വന്നു എന്ന് വച്ചാൽ തന്നെ കുറിച്ചറിയാനുള്ള ഒരു ജിജ്ഞാസ ആർക്ക് വന്നു ബ്രഹ്മാവിൻ അപ്പോഴാണ് നമ്മൾ ആത്മീയതയിലേക്ക് കിടക്കുന്നത് ലൗകികമായ ജീവിതം എന്ന് പറയുന്നത് ലൗകികമായ വസ്തുക്കളൊക്കെ എവിടെ നിന്ന് വന്നു ആര് വന്നു എന്ത് വന്നു അത് നമ്മുടെ ഉള്ളിൽ സ്വാഭാവികമായിട്ടുണ്ട് ഇനി എവിടെ നിന്നാണ് വന്നത് ചിന്ത വരുന്നതിനെയാണ് ആത്മീയ ചിന്ത എന്ന് പറയുന്നത് എങ്ങനെ വന്നു എന്നിട്ടോ അമു സരോരോഹക്യാരണം സംഭവേദി ഇതിമൃത നിശ്ചയ സകല നാളരന്ധ്രാധന സയോഗബല വിദ്യ സമരവരുടവാൻ പ്രൗഢധീ തീയമതി മോഹനം സരോർവർ കിമവി കാരണം സംഭവേത് ഈ താമരയുടെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായിരിക്കണം വെറുതെ ഈ താമര വരില്ല ദർ മസ്റ്റ് ബി സം കോസ് എന്ന് ആർക്ക് തോന്നി ബ്രഹ്മാവരും പിന്നിൽ ആരോ ഒരു ശക്തിയുണ്ട് ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതിസ്മകൃത നിശ്ചയപ്രൌഢതി എന്തോ ഒരു കാരണമുണ്ട് എന്ന് നിശ്ചയിച്ചിട്ട് നാളരന്ധാധ്വന ആ നാളത്തിന്റെ ഉള്ളിലൂടെ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി പുറപ്പെട്ടുവെന്നാണ് എന്നാൽ അതിമോഹനം കളേവരം നദൃഷ്ടവാൻ ആരെ കാണാൻ പറ്റിയില്ല അതിന്റെ പിന്നിലുള്ള ഒരു സത്യത്തെ കണ്ടെത്താൻ ഭഗവാന്റെ മോഹനമായ രൂപത്തെ കാണാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്നിട്ടോ തതസസകളനാളികവരമാഗയൻ പ്രയശത സംവത്സരം സന്ദ്രവാൻകലോദരെ സുഗനിഷണ്ണയേകാഗ്രതീ സമാതിബലമാതദേവനുഗ്രഹേകാഗ്രഹീ അങ്ങനെ സകലനാളിക വിവരമാർഗ മാർഗയൻ ആ താമരത്തണ്ടിന്റെ ഉള്ളിലൂടെ ഇറങ്ങി താമരയുടെ തണ്ടിന്റെ ഉള്ളിലൂടെ താമരത്തണ്ട് പൊട്ടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് സുഷിരങ്ങൾ കാണാം ചെറിയ ഓട്ട പട്ടുക ഇയാൾ ഇറങ്ങിപ്പോയതാണത്രേ ആര് ബ്രഹ്മ കുറെ തലയെന്നല്ല ഇയാൾക്ക് അപ്പൊ നാല് തല നാല് ഓട്ടകൾ വന്നൂന്നാണ് ഇപ്രകാരം ശത സംവത്സരം പ്രേയസ്യ നൂറോളം വർഷങ്ങളധികം കഠിനമായി തപസ് ചെയ്തിട്ടും സംതുഷ്ടവാൻ ഭഗവാനെ കാണാൻ സാധിച്ചില്ല എന്നിട്ടോ സുഖനിഷണ്ണ ഏകാഗ്രതി പക്ഷെ വിട്ടില്ല വീണ്ടും ദൃഢനിശ്ചയത്തോടുകൂടിയിട്ട് പവതനുഗ്രഹ ഏകാഗ്രഹി വീണ്ടും ഭഗവാനെ കണ്ടേയടങ്ങുള്ളൂ അതിന്റെ പിന്നുള്ള സത്യത്തെ കണ്ടേയടങ്ങുള്ളൂ എന്ന ദൃഢനിശ്ചയത്തോടെ സമതി സമാധിബലം ആദത്തെ വീണ്ടും സമാധി അഭ്യസിച്ചു എന്നിട്ടോ ശതേനേ ദൃഢ സമാധി സകലു പത്നിനീ സംഭവാം അതിഷ്ടര മത്ഭുതം തവ ഹമം ദർദ യജഷ്ടരിതുദേർബുജോ ഗാശ്രയേ സമാ ഇങ്ങനെ ആ ബ്രഹ്മാവ് കഠിനമായി തപസ് ചെയ്തിട്ട് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്ത് ഭഗവാനെ കാണണം എന്നുള്ള ആ ദൃഢനിശ്ചയത്തോടുകൂടിയിട്ട് സംവത്സരങ്ങൾ സമാധിയിലൂടെ ഇറങ്ങിച്ചെന്ന സമയത്ത് അവിടെ അദ്ദേഹത്തിന്റെ ആ സമാധിയുടെ ഫലമായിട്ട് ആ പത്മിനീ സംഭവം അധിഷ്ഠനമഗ്ധുവം രൂപവം അവിടെ കാണുന്നു അതിമനോഹരമായിരിക്കുന്ന രൂപം അതെന്താണ് ഭുജകോഗാശ്രയം ആയിരം ഫണങ്ങളുള്ള അനന്തന്റെ മുകളിൽ ആദിതാരായണ രൂപം ശയിക്കുന്നത് അരി കണ്ടു എംമാവ് കണ്ടു എന്നിട്ടോയൂരയും മനേസ് പുരിതമേകലംബരം കലായ കുസുമോസ് കമലജന്മനേ ദർശിതം കിരീടത്താലും അതുപോലെ തന്നെ വളകളാലും മാലകളാലും കോൾവളകളാലും കണ്ടത്തിൽ കൌസ്തഭത്താലും രത്നങ്ങളാൽ മിന്നി പറയുന്ന അരഞ്ഞാണത്താലും അതുപോലെ തന്നെ പീതാംബരത്താലും ഇപ്രകാരമുള്ള ആ കായാമ്പൂ വർണ്ണമാണെന്ന ഭഗവാന്റെ അതിമനോഹരമായ രൂപം ബ്രഹ്മാവിന് ഭഗവാൻ കാട്ടിക്കൊടുത്തു ആ വഭുവിനെ ഞാൻ ബാവയെ ധ്യാനിക്കുന്നു ഭഗവാനെ എന്ന് പറഞ്ഞ പട്ടതിരിപ്പാട് ഭഗവാന്റെ അനന്തശായിരിക്കുന്ന രൂപത്തെ ധ്യാനിക്കുകയാണ് എന്നിട്ടോ ച്യുതി പ്രകരദർശിത പ്രചുരവൈഭവ ശ്രീപദേ ജയ ജയ പ്രഭോ പദമുപൈശിഷ്ടദൃശോ കുരുഷരിയമാശുമേ ഭുവന നിർമ്മോ കർമ്മാ ഇതിരുവിണവർ സ്വഗുണബൃംഹിമാ പായി മാ സകല വേദങ്ങളിലും ശ്രുതിപ്രകരദർശിത പ്രജുരവൈഭവം സകല വേദങ്ങളിലും പ്രതിപാദിപ്പിക്കപ്പെട്ട ഹേ ശ്രീപദേ അനന്ത വൈഭവമുള്ള ഹേ ഗുരുവായൂരപ്പ അങ്ങേ ജയ പ്രഭു അവിടെ സ്തുതിച്ചുകൊണ്ട് പറയണോ അങ്ങ് എപ്പോഴും ജയിച്ചാലും ജയിച്ചാലും ഹേ സ്വാമി ഞാൻ ഇന്ന് ഭാഗ്യം ചെയ്തവനാണ് ഋഷിക പദം ഉപേക്ഷി ആ എനിക്കിപ്പോ ആ പരമമായ പദം കാണാൻ സാധിച്ചു എനിക്ക് വേണ്ടത് ഭുവന എംബിതോ കർമ്മടാംിയം കുരുഷ ഈ ഭുവനത്തെ നിർമ്മിക്കാനുള്ള ബുദ്ധി എനിക്ക് തന്നാലും ഇപ്രകാരം പറഞ്ഞുകൊണ്ട് മാം പാഹി എന്നെ രക്ഷിച്ചാലും എന്ന് ബ്രഹ്മാവ് സ്തുതിക്കെന്നായി ആ സമയത്ത് ഭഗവാൻ ബ്രഹ്മാവിന് ഉപദേശം കൊടുക്കുകയാണ് ലഭസ്വഭുവനത്രീരജനക്ഷതാമക്ഷതാണമതംയോ വിദേസാധനീമുൽക്കടേ ിരമാവേദസം സംവേദസം ഇങ്ങനെ സ്തുതിച്ച പ്രഹ്മാവിന്റെ മുതൽ ഭഗവാൻ പറയാണ് അക്ഷതാം ഭുവനത്രീരജനദക്ഷതാം അങ്ങത്തിനെ സൃഷ്ടിക്കാനുള്ള എല്ലാ സാമർഥ്യവും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു എന്നിട്ട് ഇനിയും തപശ്രീയു ഭ്രമാവേ എന്ന് പറഞ്ഞുകൊണ്ട് അഖില മൈ ഭക്തി എന്നിൽ അങ്ങക്ക് ഭക്തി ഭവിക്കട്ടെ ഇപ്രകാരം അദ്ദേഹത്തിനെ അനുഗ്രഹിച്ചുകൊണ്ട് ഭഗവാൻ സന്തോഷിപ്പിച്ചു എന്ന് പറയാണ് ശതം ശതം ദിവ്യസംസരാൻ അവാപ്യതോ ബലം മതിബലം ച പൂർവാദി ഉദീച്ചിഗം വിതം വയസി മംഗജം വാദ്ബലജംബിത പവന പാത സീപീതവാൻ പിന്നീട് ദിവ്യസംവത്സരാൻകൃത നൂറ് ദിവ്യമത്സരം മുഴുവൻ ആ ബ്രഹ്മാവ് തപസ് ചെയ്ത് എന്റെ ചെയ്തിത്രെ മതിബലം അവാപ്ത വേണ്ടത്ര ഫലം നേടിക്കൊണ്ട് ബുദ്ധിവൈഭവം നേടിക്കൊണ്ട് പയസി വായുന കമ്പിതം പങ്കജം ഉദീക്ഷ്യ എന്റെ കാറ്റുകൊണ്ട് പങ്കരം ഇളകുന്നത് കണ്ട് അവിടുന്ന് എന്ത് പവനവാദ സി പി തവാൻ ആ പ്രഭാവം കൊണ്ട് പ്രളയജലത്തെ മുഴുവൻ കുടിച്ചു എന്നാണ് ഇതൊക്കെ പറഞ്ഞാൽ നമുക്കൊന്നും നിലയിൽ തരില്ല കാരണം ഇതൊക്കെ ഒരു കഥാരൂപത്തിൽ ആവിഷ്കരിച്ചിരിക്കുകയാണ് നമുക്ക് മുഴുവൻ വായിച്ചിട്ട് അതിന്റെ സൂക്ഷ്മത എന്താ നോക്കാം തവൈവ കൃപയാത്രയും പ്രകൃതേ പ്രജാനം വിദോ കഥാവിധ കൃപാഭരോ ഒരു മലുപുരാതീശരാ പിന്നീട് ഭഗവത്കൊണ്ട് സരസ്വജേന യവന ഭുവനത്രയും പ്രകൽപ്യാം മൂന്ന് ഭുവനങ്ങളെ കൽപ്പിച്ചു അതിനുശേഷം പ്രജാനന്മിതയോപ്രകൃതി പ്രജാനന്മിതിയിൽ പ്രജകളെ സൃഷ്ടിക്കുന്നതിൽ വ്യാപൃതനായി അപ്രകാരം ആ ബ്രഹ്മാവിന് പ്രജാനന്മിതിക്ക് വേണ്ടുന്ന അറിവും കഴിവും കൊടുത്ത ഏ ഗുരുവായ്പ അവിടുത്തെ ഞാൻ നമസ്കരിക്കുന്നു എന്റെ രോഗങ്ങളെല്ലാം മാറ്റി തന്നാലും എന്ന് പറഞ്ഞ് ഇവിടെ ഈ സൃഷ്ടിയിലേക്ക് കടക്കുന്ന ബ്രഹ്മാവിന്റെ ആ ഒരു തപസിനെയും ഭഗവാൻ ഉപദേശിച്ച കാര്യങ്ങളെയും പറഞ്ഞ് ഉപസമ്മരിപ്പിച്ചു ഇനി ബ്രഹ്മാവ സൃഷ്ടി തുടക്കം വൈകുണ്ഡവർത്തിലോദവൽ പ്രസാദംഭോജയോനി സുദൽഖി ജീവദേഹാൻ സാനൂരിപൂരുഹമയാതാതിരസാ ജാതിർമ്മനുഷ്യാനമി വേദാൻ ഭഗവത് പ്രസാദ ഭഗവാന്റെ പ്രസാദം കൊണ്ട് വർദ്ധിത ബലം ഫലം വർദ്ധിച്ച ആ ബ്രഹ്മാവ് തിരസ്സാം ജാതി നിൽക്കുന്ന വൃക്ഷങ്ങളെ സൃഷ്ടിച്ചു അതുകഴിഞ്ഞിട്ട് മൃഗജാതികളെ സൃഷ്ടിച്ചു പിന്നെ മനുഷ്യനിവഹാൻ ദേവഭേദാൻ ഓരോരുത്തരെയും വ്യത്യസ്തരായി സൃഷ്ടിക്കാൻ തുടങ്ങി ഇപ്രകാരം ഇവിടെ ജീവജാലങ്ങളെ ബ്രഹ്മാവ് സൃഷ്ടിക്കാൻ തുടങ്ങി എന്ന് പറയുന്നത് എന്നിട്ടോ നിത്യാഗ്രഹാസമിത വികോപദീരി അജ്ഞാനവൃത്തിമിരി പഞ്ചവിധം സൃഷ്ട ഉത്തമതാമസ പദാർത്ഥവിദാനൂനം വിശുദ്ധി ആ ബ്രഹ്മാവ് ഈ പ്രപഞ്ചത്തെ സത്യമാണ് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ അജ്ഞാനത്തെ അഹങ്കാരത്തെ കോപത്തെ ഭയത്തെ ഇങ്ങനെയെല്ലാം അദ്ദേഹം സൃഷ്ടിച്ചപ്പോ ആ തമോ ഗുണം കണ്ടേഹത്തിന് ദുഃഖം വന്നതാണ് എന്നിട്ടോ ഇതിന്റെ വിശുദ്ധിക്കു വേണ്ടി അദ്ദേഹം അജ്ഞാനം മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ പാതാരിംഗത്തെ ധ്യാനിക്കാൻ തുടങ്ങിയതാണ് എന്നിട്ടോ സനന്ദം ഭൂയുൽകുമാരം ഭഗവത് ധ്യാനത്തിന്റെ ആ ഒരു മഹിമ കൊണ്ട് അദ്ദേഹത്തിന്റെ മനസ്സിന് ശുദ്ധി വർന്നതാണ് ആ മനസ്സുകൊണ്ട് അദ്ദേഹം പിന്നീട് സൃഷ്ടിക്കുന്നത് സനകം സനന്തം സനാതന മുനിം ഇങ്ങനെ നാല് സനൽകുമാര സൃഷ്ടിച്ചു അവരോട് തേന സൃഷ്ടികർമ്മണി നിയുക്തയുജ്യമാന നിങ്ങൾ ഇനി എന്നെപ്പോലെ സൃഷ്ടി ചെയ്ത് ഇവിടെ സൃഷ്ടിപരമ്പര വർദ്ധിപ്പിക്കൂ എന്ന് പറഞ്ഞ സമയത്ത് രസികു ഭഗവത്പാദത്തിൽ മനസ്സിലയിച്ച അവര് സൃഷ്ടികർമ്മങ്ങളിൽ താല്പര്യമില്ലാതെ അതിൽ നിന്ന് മാറി നിന്നു എന്നാണ് കോപം വന്നോ ആർക്ക് ബ്രഹ്മാമന് എന്നിട്ടോ താവൽ പ്രകോപമതിനം പ്രരുദ്ധദോസൂമത്തെ ഗതേശ നാമാനി മേ കുരുപദാ ചാ വിഞ്ചേതി ആദോരുദയ്ക്കി തേന സരുദ്രനമാ അങ്ങനെ ബ്രഹ്മാവിന് കോപം വന്നു ഈ കുട്ടികളൊന്നും സൃഷ്ടികർമ്മങ്ങൾ ചെയ്യാതെ വന്നപ്പോ അദ്ദേഹത്തിന്റെ പുരികങ്ങൾക്ക് കോപം വന്നപ്പോ അവിടെ നിന്നും ഒരു സൃഷ്ടി ഉണ്ടായതാണ് അതാണ് അത്രേ ഭ്രൂപദ്ധ്യത്തിൽ നിന്നും ജനിച്ചതാണ് ഉടനത്തെ പറഞ്ഞു നാമാനി പതാനി കുലു എനിക്ക് പേരുകളും അതുപോലെ സ്ഥാനങ്ങളും തരുവെന്ന് അങ്ങനെ അദ്ദേഹത്തിന് രോദനം ചെയ്തുകൊണ്ട് രുദ്രൻ എന്ന് പേരു കൊടുത്തുവെന്നാണ് അങ്ങനെയാണ് ഭ്രൂമധ്യത്തിൽ നിന്നും ആര് വന്നത് രുദ്രൻ എന്നിട്ടോ യയയാദ്രംവിയതാവനിദാസാ താവന്യത്ത പ്രണു പ്രജാവിരചന ച സാദരം ത ഏകാദശം പതിനൊന്ന് പവൽപ്രണുന്ന രുദ്രൻ ഏകാദശ അങ്ങയുടെ പ്രേരണകൊണ്ട് ആ ബ്രഹ്മാവ് രുദ്രന് പതിനൊന്ന് നാമങ്ങളാണ് കൽപ്പിച്ചിരുന്നത് പതിനൊന്ന് നാമങ്ങളും പതിനൊന്ന് വ്യത്യസ്ത രൂപങ്ങളും കൽപ്പിച്ചു എന്നാണ് അത്ര തന്നെ അവർക്കെല്ലാം കൽപ്പിച്ചു കൊടുത്തു പതിനൊന്ന് പത്നിമാരെയും കൽപ്പിച്ചുകൊടുത്തു ഇപ്രകാരം ആ ബ്രഹ്മാവ് ഇതൊക്കെ സൃഷ്ടിച്ച് കഴിഞ്ഞിട്ട് അവരോട് പറഞ്ഞോ സാദരന്തം പ്രജാവിരജനായ പ്രാഹ അങ്ങ് പ്രജകളെ സൃഷ്ടിച്ചാലും എന്ന് രുദ്രനോട് പറഞ്ഞപ്പോ ഇനി ആ രുദ്രൻ സൃഷ്ടിക്കുകയാണ് രുദ്രാഭിസൃഷ്ടതേദാ ആകൃതിരുദ്രസംഗ സംഭൂര്യമാണഭുവനത്രയീതചേത മാളായീ ആചഷ്ടം കമലപൂർവതീര്യത്മാ രുദ്രാവിസൃഷ്ടരുദ്രൻ സൃഷ്ടിച്ചു കൊറേ ആളുകളെ സൃഷ്ടിക്കാൻ പറഞ്ഞപ്പം അവരൊക്കെയാണെങ്കിലോ ആകെ രുദ്രസംഗ രുദ്രന്റെ സ്വഭാവം തന്നെ ഭയങ്കര ബീപൽസ സ്വഭാവമുള്ളവരായി തീർന്നു ഇത് കണ്ടപ്പോ ഭീതനായി തീർന്നോ കമല ബ്രഹ്മാവ് എന്നിട്ട് പറഞ്ഞോ പ്രജാമാമ ഇനി പ്രജകളെ സൃഷ്ടിക്കേണ്ട തപസ്സര തപസ്സര മതി മതിയാണ് ഞാൻ പണി എന്ന് കുഴപ്പമാണ് ആദ്യം തന്നെ അതുകൊണ്ട് രുദ്രനോട് ഇനി മേലാൽ ഏത് പണി ചെയ്യരുത് പറഞ്ഞോ സൃഷ്ടികർമ്മം ചെയ്യരുത് പറഞ്ഞു എന്നിട്ടോ सैदसर्गद सिखस् मरीचित्री त्रांगिराक मुन पुल से अंकाजात भृगुस्वशिष्ट दक्षीरद भगवन्गविदा വീണ്ടും സൃഷ്ടി നിരതനായ ബ്രഹ്മാവിന്റെ ഉള്ളിൽ നിന്ന് അനന്ത് സൃഷ്ടിയിൽ നിന്ന് തസ്യഅ അങ്ക മരീചി അത്രി അങ്കിര ക്രതുമുനി കുലഹ പുലസ്ത്യൻ ഭൃഗു ഇവരെയാണ് സപ്തർഷികൾ എന്ന് പറയുക ഈ സപ്തർഷികൾ പ്രകടമായി ആരൊക്കെയാണ് അത്രേ മരീചി മനസ്സിൽ നിന്നും പ്രകടമായ അസ്ത്രീ നേത്രത്തിൽ നിന്നും പ്രകടമായ അങ്കിര സമാർഷി മുഖത്തു നിന്നും പ്രകടമായി ക്രിതു കൈയിൽ നിന്നും പ്രകടമായി പുലഹൻ നാബിയിൽ നിന്നും പ്രകടമായി പുലസ്ത്യൻ കാതിൽ നിന്ന് പ്രകടമായി ഭൃഗു തൊക്കിൽ നിന്നും വഷ്ടൻൻ പ്രാണനിൽ നിന്നും ദക്ഷൻ പെരുവിരിൽ നിന്നും നാരദൻ മടിയിൽ നിന്നും ജനിച്ചു ഇങ്ങനെയൊക്കെയാണ് ഓരോരുത്തർ ജനിച്ചു വന്നത് അപ്പൊ ഏത് സപ്തർഷികളും വന്നു പിന്നീട് വന്നത് ദക്ഷനും വന്നു വന്നു ഇങ്ങനെയാണ് ദക്ഷനും നാരദരൊക്കെ ആരുടെ മക്കളായത് ബ്രഹ്മാവിന്റെ മക്കളായത് എന്നിട്ടോ ധർമാധികൃസൃജ ണിവിയ വിധിരങ്കര സുലോ വൽപോദി സനഗതച്ച മുഖൈസ് തനോജേ ഉൽപ്പോദിത വിരരാമ തമോ വിമുഞ്ചൻ പിന്നീട് ധർമാധികാൻ കർത്തമം ധർമാതിദേവന്മാരെയും കർദ്മനെയും സൃഷ്ടിച്ചു അതിനുശേഷം വാണിവിതായ പിന്നീട് സൃഷ്ടിച്ചത് സരസ്വതീദേവിയെ സൃഷ്ടിച്ചു എന്നാണ് വാണീദേവിയെ സൃഷ്ടിച്ചു ആ ദേവിയെ സൃഷ്ടിച്ചപ്പോഴോ അപകടമുണ്ടായി എന്താണ് ആ ദേവിയെ കണ്ടപ്പോഴും കണ്ട സമയത്ത് ബ്രഹ്മാവന് കാമവാരവശ്യം വന്ന് മകളിനെ ഓടിയെന്നാണ് ഒരു ചീത്ത ഏർപ്പാടാണ് അയാൾ ചെയ്തിരിക്കുന്നത് മകളുടെ പിന്നാലെ ഓടിയെന്നാണ് ആ സമയത്ത് തൊൽബോധിതൈ സനകദക്ഷ മുഖയിൽ മക്കൾ പറഞ്ഞ അച്ഛനും ഇങ്ങനെ വൃത്തികളൊന്നും കാണിക്കരുത് മകളുടെ പിന്നാലെ അച്ഛനോട് പറഞ്ഞ മഹോ മോശയല്ലേ അങ്ങനെ ഓടാൻ പാടില്ലയാണ് അതുകൊണ്ട് ബ്രഹ്മാവ് അതെല്ലാം വിട്ട് ഉദ്ബോധിതൈ വിരരാമ തമോ വിമുച്ചൻ ആ മനസ്സിലെ കാമമെന്ന വികാരത്തെ വിട്ട് വീണ്ടും തപസ് ചെയ്തു എന്നാണ് എന്നിട്ടോ വേദാൻ പുരാണനിവഹാന പി സർവ വിദ്യുവൻ നിരാണഅ അച്ഛതുരാണോ സൗ പുത്രു തേശു വിനിധായർ വൃദ്ധി അപ്പം പൂരിമശ്രിത പുത്രു ദുരിതൃദ്ധി അങ്ങനെ ബ്രഹ്മാവ് പല സൃഷ്ടി ചെയ്തിട്ടും ആരും സൃഷ്ടികർമ്മങ്ങളിൽ വ്യാപൃതരാവാതെ വന്നപ്പോ അദ്ദേഹത്തിന് വളരെ വിഷമം വന്നു അദ്ദേഹം ചെയ്തു ചതുരാ നല്ല കാലമുഖത്തു നിന്നും പ്രകടമായ വേദ വേദങ്ങളെയും പുരാണങ്ങളെയും സർവ്വവിദ്യ എല്ലാ വിദ്യകളെയും തന്റെ പുത്രന്മാർക്ക് തേശ പുത്രേശിനിതായ പുത്രന്മാർക്കെല്ലാം ശേഷം അദ്ദേഹത്തിന് സർഗവിദ്യ അപ്രാപ്നുവൻ എന്താണിങ്ങനെ ഈ സർഗം ഈ പ്രകൃതി ഇങ്ങനെ വർദ്ധിക്കാത്തത് എന്ന വിഷമം കൊണ്ട് പദാം സീത ഭഗവന്റെ പാദത്തെ ആശ്രയിച്ചുകൊണ്ട് ഇതേം ധ്യാനനിരതനായെന്ന് അപ്പോഴാണ് അദ്ദേഹത്തിന് ഉപായം കിട്ടിയത് അതെന്താണ് ധ്യാനുപായമതേഹമജോ വിഭജ്യ സ്ത്രീപുംസഭാവമു അനുതത്വ്യ താഭ്യാന് അങ്ങനെ ഭഗവാന്റെ പാതാനവിന്ദരണത്തെ ആശ്രയിച്ച ആ ഒരു ബ്രഹ്മാവന് ജാനൻ ഇനി എന്താണ് ചെയ്യേണ്ടത് ഉപായം തെളിഞ്ഞു കിട്ടി മാർഗം തെളിഞ്ഞു കിട്ടി അതേതു ദേഹം വിഭജ്യ തന്റെ ദേഹത്തിന്റെ രണ്ട് ഭാഗത്തും രണ്ടു പേർക്ക് സൃഷ്ടി കൊടുത്തുവെന്നാണ് അവരാണ് മനോഗൂദ് സ്ത്രീപുംസ്വഭാവം അവചൻ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്നും പ്രകടമായ രണ്ടു പേരാണ് സ്വയംഭൂമനുവും പിന്നീട് സ്ത്രീയായ ശതരൂപാദേവിയും ഇങ്ങനെ രണ്ടു പേര് വന്നോ എന്നാണ് ഇങ്ങനെ രണ്ട് ഭാഗങ്ങളെ പ്രാപിച്ച് അവര് മനുഷ്യവംശത്തെ മാനുഷകുലാരി വിവർദ്ധയൻ മനുഷ്യവംശത്തെ വർദ്ധിക്കാൻ അവർ തയ്യാറായപ്പോ വളരെ സന്തോഷമായി ഇപ്രകാരം പ്രമാവിന് സന്തോഷം കൊടുത്ത ഏ ഗുരുവായൂരപ്പ എന്റെ രോഗങ്ങളെ മാറ്റിത്തന്നാലും ഇപ്രകാരം പറഞ്ഞ് ഈ ഭാഗങ്ങൾ ഉപസമരിപ്പിച്ചു ഇനി ഇവിടെ അങ്ങോട്ട് കഥ തുടങ്ങി പതിനൊന്നാമത്തെ ദശകം മുതൽ വരാഹാവതാരം പിരണ്യാക്ഷവധം തുടങ്ങിയുള്ള കഥ തുടങ്ങാൻ ഇതുവരെ പറഞ്ഞതിന്റെ ഒരു താത്വികമായ താൽപര്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഇതേറെ കൺഫ്യൂഷനാണ് ബ്രഹ്മാവ് സൃഷ്ടിക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ ബ്രഹ്മാവ് എന്നൊക്കെ പറഞ്ഞു ശ്രദ്ധിക്കണേ എന്താണ് സൃഷ്ടി നമ്മൾ ഒന്ന് സൂക്ഷ്മമായി ഇന്നത്തെ ശാസ്ത്രത്തിന്റെ ദൃഷ്ടിയിലോട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ പുരാണത്തിൽ പറഞ്ഞിരിക്കുന്ന ചിത്രത്തെ നമ്മൾ ശാസ്ത്ര ദൃഷ്ടിയിലോട്ട് നോക്കണം ആയിരം പണങ്ങളുള്ള അനന്തന്റെ മുകളിൽ ആര് കിടക്കുന്നു ആദിനാരായൺ ആ ആദിനാരായണന്റെ പൂക്കളിൽ നിന്നാണ് താമരപ്പൂവതിരി ആ താമരപ്പൂവിലാണ് ബ്രഹ്മാ അങ്ങനെയാണ് അയാൾ സൃഷ്ടികർമ്മങ്ങളിൽ വ്യാപൃതനായിരിക്കും ഇവിടെ ആയിരം പണങ്ങളുള്ള അനന്തൻ എന്ന് പറഞ്ഞാൽ ആരാണ് അത്രേ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന അഗ്നിദേവനെയാണ് അനന്തനായി ചിത്രീകരിച്ചിരിക്കുന്നത് ആയിരം പണം എന്ന് പറഞ്ഞാൽ അഗ്നിയുടെ ആയിരം ാണ് പറഞ്ഞിരിക്കുന്നത് അതായത് സൃഷ്ടികർമ്മം ചെയ്യണമെങ്കിൽ ആര് വേണം അഗ്നി വേണം എന്ന് പറയുന്നത് വിത്തൌട്ട് ഫയർ അഗ്നി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ തരത്തിൽ അവസരം കരുത് കാണുന്ന തീയല്ല അഗ്നി അഗ്നി എന്ന് പറയുന്ന തീയേക്കാളും സൂക്ഷ്മമാണ് ഈ നമ്മളിപ്പോൾ കാണുന്ന ഈ തീയുണ്ടല്ലോ അത് അഗ്നിയുടെ സ്ഥൂല രൂപമാണ് ഇപ്പൊ നിങ്ങളുടെ വയറിൽ ഭക്ഷണം ദഹിപ്പിക്കുന്ന അഗ്നി ഉണ്ട് അല്ലേ വിളിക്കുക ജഡരാഗ്നി അതിങ്ങനെ കത്തുവോ അകേമായില്ലേ ഇതുപോലെ ഇതുപോലെ വിളക്ക് കത്തുന്ന പോലെ നമ്മുടെ ഉള്ളിലിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയും ഭരണ കത്തുന്ന പോലെ കത്തിക്കൊണ്ടിരിക്കുന്നവരുടെ അപകടമാണ് അല്ലേ നമ്മുടെ ഉള്ളിലുള്ള അഗ്നി അതിന് രൂപമുണ്ടോ അപ്പം അഗ്നി എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന തീയുടെ സൂക്ഷ്മരൂപമാണ് അഗ്നി ഉണ്ടെങ്കിലേ സൃഷ്ടി ചെയ്യാൻ സാധിക്കുന്നു എവിടെയാണ് ഈ അനന്തൻ കിടക്കുന്നത് അനധന എവിടെയാ കിടക്കുന്നത് പാലാഴിയിൽ പാലാഴിയിൽ പറഞ്ഞാൽ വെള്ളം നർത്തം അപ്പൊ വെള്ളവും അഗ്നിയും ഇത് രണ്ടും ഉണ്ടെങ്കിലേ എന്നുള്ളൂ സൃഷ്ടി ചെയ്യാൻ സാധിക്കും പറഞ്ഞ് മനസ്സിലാക്കി തരാം നിങ്ങൾക്ക് ഇപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കണം ആ ഭക്ഷണം വേവിച്ചിട്ടാണ് നമ്മൾ കഴിക്കുന്നത് അത് വേവിക്കാൻ ആര് വേണം അഗ്നി വേണം അഗ്നിയും വെള്ളവും വേണം ഇനി അത് നമ്മുടെ ഉള്ളിൽ ദഹിക്കണം ദഹിക്കണമെങ്കിലും ആര് വേണം വെള്ളവും വേണം അഗ്നിയും വേണം ഇനി അത് ദഹിച്ച് രക്തമായി തീരണം നമ്മുടെ ശരീരത്തിന്റെ ഓരോ മാംസ പേച്ചുകളും വ്യക്തവുമായി രക്തത്തിലും വെള്ളമുണ്ട് രക്തത്തിലും അഗ്നിയില്ലേ ഇല്ലെങ്കിൽ അത് കട്ട പണി തീർന്നു പോവും ശരീരം അങ്ങോട്ട് തണുപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ മൈനസ് ഡിഗ്രിയിൽ പോയി കഴിഞ്ഞാൽ ബ്ലഡ് കട്ട പിന്നെ അത് പ്രവർത്തിക്കില്ല അപ്പൊ അതിലും എന്തുണ്ട് അഗ്നിയുണ്ട് അഗ്നിയുടെ സാന്നിധ്യം കൊണ്ടാണ് പിന്നീട് രക്തം മാറി മാറി കൺവേർട്ട് ചെയ്ത് അത് ബീജമായി മാറുന്നത് ബീജത്തിലും വെള്ളമുണ്ട് ബീജത്തിലും അഗ്നിയുണ്ട് ആ ബീജമാണ് അണ്ടവുമായി ചേരുന്നത് അണ്ടവും എങ്ങനെ ഉണ്ടാവുന്നു വെള്ളം അഗ്നി കൊണ്ടും ഉണ്ടാവുന്നു ഇനി അത് ചേരുന്നത് ഒരു പ്രത്യേക ചൂടിൽ മാത്രമേ ചേരാൻ പറ്റുള്ളൂ അപ്പൊ നമ്മൾ പക്ഷികളെയൊക്കെ മുട്ടയുണ്ടല്ലോ അതൊരു പ്രത്യേക ചൂടിലേ അതിന് വിരിയാൻ സാധിക്കുള്ളൂ ഹീറ്റ് വേണം ചൂട് വേണം അഗ്നി വേണം അഗ്നിയുടെ സാന്നിധ്യത്തിലാണ് വെള്ളം അതിലുള്ള ജീവൻ പരിണമിച്ച് ഒരു രൂപം ഉണ്ടായിത്തീരുന്നത് അപ്പോൾ സൃഷ്ടിക്കാര് വേണം വെള്ളവും വേണം അഗ്നിയും വേണം ഇനി ഇത്രയും മതിയോ പോരാ ഇത്ര പോരാ ഇനിയും ചിലതെല്ലാം വേണം അതെന്താ വേണ്ടത് അങ്ങനെ സൃഷ്ടി ചെയ്യണം എന്നുള്ള ഒരു വികാരമില്ലാത്തടത്തോളം കാലം എന്ത് ചെയ്യാൻ പറ്റില്ല സൃഷ്ടി ചെയ്യാൻ സാധ്യല്ല അപ്പോ സൃഷ്ടി ചെയ്യാൻ ഉള്ള വികാരത്തെയാണ് ബ്രഹ്മാവ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് ആണ് ഏത് രൂപത്തിൽ നിൽക്കുന്നത് ബ്രഹ്മാവ് അപ്പൊ ഇവിടെ ആയിരം താമരകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞതോ താമരപ്പൂ എന്ന് പറയുന്നതോ ആയിരം ചിന്തകളുള്ള ഒരു കേന്ദ്രത്തിനെയാണ് അനവധി ചിന്തകളുള്ള ഒരു കേന്ദ്രത്തിനെയാണ് ബ്രഹ്മാവ് എന്ന് പറയുന്നത് എന്ന് വച്ചാൽ മനസ്സിൽ അനവധി അനവധി ചിന്തകളുണ്ട് അധികം താമരയുടെ ഇതളുകളൊക്കെ ഓരോ ചിന്തകളെയും പ്രതിനിധീകരിക്കുന്നു വിവിധ തരത്തിലുള്ള ചിന്തകളുണ്ട് അതിന്റെ അകത്ത് താമര ചുവന്ന താമരയാണ് ചുകപ്പ് കാമവികാരങ്ങളെല്ലാം രജോവികാരത്തിന്റെയാണ് മനസ്സിലാവുന്നുണ്ടതല്ല അപ്പൊ സൃഷ്ടി ചെയ്യാൻ വെള്ളം വേണം സൃഷ്ടി ചെയ്യാൻ അഗ്നി വേണം സൃഷ്ടി ചെയ്യാൻ കാമം എന്നൊരു വികാരം വേണം അതാരാണ് ബ്രഹ്മ ഇത്രയും മതിയോ ഇത്രയും മതിയോ മതിയോ സപ്പോസ് ഒരു മുട്ട നമ്മളതിനെ വേവിച്ചു കടഞ്ഞു അതിനെ നിങ്ങൾ ബോയിൽ ചെയ്യും അതിന്റെ മുകളിൽ ഒരു പക്ഷി അടയിരുന്നാൽ അത് പക്ഷി കുഞ്ഞാവോ പക്ഷിയെ പിടിച്ച് അതിന്റെ മുകളിൽ ഇരുത്തി കഴിഞ്ഞാൽ അത് മുട്ട വിരിയോ കാരണം അപ്പൊ നിങ്ങൾ പ്രാവൊക്കെ മുട്ട കണ്ടിട്ടില്ലേ ഒരു കോർണറിൽ ഇരുന്നിട്ട് പാവം എങ്ങനെയാണ് അതിന്റെ മുകളിൽ ഇരുന്നിട്ടാണ് വിരിഞ്ഞു വരുന്നത് അപ്പോ ആ മുട്ട വിരിയണമെങ്കിൽ ചൂട് വെ പക്ഷി ഇരിക്കുന്നുണ്ട് അത് ബോയിൽ ചെയ്തു മുട്ട വേവിച്ചു കഴിഞ്ഞാ പിന്നെ ജീവൻ നശിച്ചു പറയുകയാണ് അപ്പൊ അതിലെന്ത് വേണം ജീവചൈതന്യം വേണം അതാണ് ആദിനാരായണൻ എന്ന് പറയണം ആദിനാരായണൻ എന്നാൽ ജീവചൈതന്യമെന്നും അനന്തനെന്നാൽ അഗ്നി എന്നും പാലാഴി എന്നാൽ വെള്ളമെന്നും ബ്രഹ്മാവെന്നാൽ മനസ്സെന്നും അപ്പൊ എത്ര സാധനങ്ങളായി സൃഷ്ടിക്ക് വെള്ളം വേണം അഗ്നി വേണം ജീവൻ വേണം മനസ്സ് വേണം ഇതുണ്ടെങ്കിൽ എന്തുള്ളൂ സൃഷ്ടികർമ്മങ്ങൾ ഉള്ളൂ എന്ന് പറയാം മനസ്സിലാവുന്നുണ്ടല്ലോ ഇതിൽ നിന്നാണ് സൃഷ്ടി പ്രകടമാവുന്നത് ഇനി കാമം കർമ്മമായി തീരുന്നു അങ്ങനെ സൃഷ്ടി ഉണ്ടാവും അപ്പൊ ഇവിടെ ആ സൃഷ്ടി ചെയ്യുന്ന സമയത്ത് മനസ്സിന്റെ വികാരങ്ങൾക്കനുസരിച്ച് സൃഷ്ടിയിലും മാറ്റങ്ങളുണ്ടാവും തപോവൃത്തിയുള്ള അതായത് സത്വഗുണമുള്ള മനസ്സ് സ്വാർത്ഥത കുറയുന്ന മനസ്സ് ആ കുറയുന്ന മനസ്സിലുള്ള സൃഷ്ടികളാണ് ദേവ സംസ്കാരമുള്ളവരായി തീരുന്നത് സ്വാർത്ഥത കൂടുതലുള്ള മനസ്സിന്റെ സൃഷ്ടികളാണ് അസുര സംസ്കാരമായി തീരുന്നത് കുറെ സ്വാർത്ഥതയും കുറെ സഹകരിക്കാനുള്ള പങ്കുവയ്ക്കാനുള്ള മനസ്സും ഉള്ള മനസ്സിൽ നിന്ന് വരുന്ന സൃഷ്ടികളാണ് മനുഷ്യരായിട്ട് വരുന്നത് അതുകൊണ്ട് മനുഷ്യനെ സമ്മച്ച് ദേവന്റെ അംശവുമുണ്ട് മനുഷ്യനെ സമ്മച്ച് അസുരന്റെ അംശവുമുണ്ട് കൊടുക്കാനുള്ള മനസ്സുണ്ട് കൊടുക്കാതിരിക്കാനുള്ള മനസ്സുണ്ട് ആർക്ക് മനുഷ്യർ അപ്പൊ മനുഷ്യ മനസ്സ് എപ്പോഴും രണ്ട് വിധത്തിലാണ് അതിൽ സ്വാർത്ഥതയുമുണ്ട് നിസ്വാർത്ഥതയുമുണ്ട് ഇങ്ങനെയൊക്കെയാണ് സൃഷ്ടികൾ വ്യാപരിച്ചിരിക്കുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പൊ മനുഷ്യ മനസ്സ് സൃഷ്ടി ചെയ്യുന്നതിന് വെള്ളം അഗ്നി ചൈതന്യം വികാരം ഇതെല്ലാം കൂടി സമന്വയിപ്പിച്ച് പിന്നീടത് കർമ്മമായി തീർന്ന് ആ കർമ്മം ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന ആ മനസ്സിന്റെ വിചാരങ്ങൾക്കറിച്ച് അല്ലെങ്കിൽ വികാരങ്ങൾക്കനുസരിച്ച് അത് ഏതിലും പ്രകടമാവും ഏതിലും പ്രകടമാവും സൃഷ്ടി ചെയ്തു അപ്പൊ ഇവിടെ കഥ പറയുന്ന സമയത്ത് നമ്മൾ എവല്യൂഷൻ നോക്കുന്ന സമയത്ത് വെള്ളത്തിൽ നിന്നും എവല്യൂഷൻ വന്നു അത് പിന്നീട് ചെടികളായി വൃക്ഷങ്ങളായി അങ്ങനെ ജീവൻ പടർന്ന് പടർന്ന് പടർന്ന് പടർന്ന് മനുഷ്യരൂപത്തിലെത്തി ആദ്യം വന്ന മനുഷ്യപ്രജകൾ ആരൊക്കെയായിരുന്നു സനകൻ സനന്തൻ സനൽകുമാരൻ ഇവരൊക്കെയായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താർത്ഥം അങ്ങേയറ്റം തപസ്സിൽ നിന്നും ഉണ്ടായ ഉണ്ടാകുന്ന കുട്ടികളിലും ഏത് സംസ്കാരം ഉണ്ടായിരിക്കണം സത്വ ഗുണമുണ്ടായിരിക്കണം അതുകൊണ്ട് അവർക്ക് കാമം എന്ന വികാരം വളരെ കുറവായി അവർ ഒട്ടും ഉണ്ടായിരുന്നില്ല സനൽകുമാരാദികൾക്ക് ഒട്ടും ഉണ്ടായിരുന്നില്ല അവർക്ക് പ്രജാസൃഷ്ടിയേക്കാൾ കൂടുതൽ താല്പര്യം ആരിലേക്ക് തിരിയാനായിരുന്നു ഈശ്വരനിലേക്ക് തിരിയാനായിരുന്നു നോക്കൂ സൃഷ്ടിയില് ആ സൃഷ്ടി ചെയ്യുന്ന മനോവികാരം ആരെ സ്വാധീനിക്കുന്നുണ്ട് സൃഷ്ടി ചെയ്യപ്പെട്ട കുട്ടികളെ സ്വാധീനിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒന്നുകൂടി നിങ്ങളത് മനസ്സിലാവണ നിങ്ങൾ കുറച്ച് കഥകളൊക്കെ കേട്ടിരിക്കണം ശങ്കരാചാര്യ സ്വാമികൾ അച്ഛനും അമ്മയ്ക്കും കുട്ടികളുണ്ടായിരുന്നില്ല കുറേ കാലം വടക്കുനാഥനെ ഉപാസിച്ചു അങ്ങനെ വടക്കുനാഥനെ ഉപാസിച്ചു ഉപാസിച്ച് ഉപാസിച്ച മനസ്സ് വളരെ സാത്വികമായി തീർന്ന് അതിലുണ്ടായ കുട്ടിയാണ് ആരായി തീർന്നത് ശങ്കരാചാര്യർ അദ്ദേഹത്തിനും ആധ്യാത്മിക കാര്യങ്ങളിലായിരുന്നു കൂടുതൽ താൽപ്പര്യം അപ്പോ അച്ഛനിലും അമ്മയിലും ആത്മീയ സംസ്കാരമുണ്ടെങ്കിൽ അതാരെയും സ്വാധീനിക്കും കുട്ടികളെയും സ്വാധീനിക്കും അതുകൊണ്ടാണ് വിവാഹം കഴുത്തിനുടനെ തന്നെ പുത്രോത്പാദനം ചെയ്യരുതെന്ന് പറയുന്നത് വിവാഹം കഴിഞ്ഞ ഉടനെ രണ്ടുപേരും കുറച്ചുകാലം ഒരു ആത്മീയമായൊരു സംസ്കാരത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ അതിലുണ്ടാവുന്ന കുട്ടികളിലും എന്തുണ്ടാവും ആത്മീയമായൊരു സംസ്കാരം വളരെയധികം പ്രഫലമായിട്ടുണ്ടാവുന്നതാണ് ഒരു കാര്യം വ്യക്തമാണ് കാമം എന്ന വികാരമുണ്ടെങ്കിൽ രക്തം ബീജമായി മാറുന്നു തീർച്ചയായിട്ടും ആ വികാരം ഏതിനെയും സ്വാധീനിക്കണം നമ്മുടെ മനസ്സിന്റെ വികാരങ്ങളാണ് രക്തത്തെ ബീജമാക്കി മാറ്റുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ പീജത്തിൽ ആരുടെ സ്വാധീനം ഉണ്ടാവണം മനസ്സിന്റെ സ്വാധീനം ഉണ്ടാവണം അപ്പൊ നിങ്ങൾ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമില്ല നിങ്ങൾ ഇവിടെ പൂജ ചെയ്യണം പൂക്കൾ അർപ്പിക്കണം മന്ത്രം ചൊല്ലിക്കൊണ്ട് പൂക്കൾ അർപ്പിച്ചു കഴിഞ്ഞാൽ മന്ത്രം ചൊല്ലിക്കൊണ്ട് പൂക്കൾ അർപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പരിശോധിച്ച് നോക്കൂ ആ പൂക്കളിൽ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവും പിന്നെ അതിനുള്ള എക്യൂപ്മെന്റ് ഒക്കെ ഉണ്ട് നമുക്ക് നോക്കാൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു പോസിറ്റീവ് വൈബ്രേഷൻ ഉണ്ടാവും ഏതില് ആ പൂക്കളില് അതുകൊണ്ടാണ് നമ്മൾ അമ്പലത്തിൽ നിന്ന് പൂക്കൾ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യും അത് വാസനിക്കുന്നതാണ് എന്നിട്ടാണ് നമ്മൾ ചെവിയിച്ചുകൂടുന്നത് അല്ലെങ്കിൽ തലയിച്ചു വിടുന്നത് എന്തിനാ ഈ വാസനിക്കുന്നതെന്ന് കഴിഞ്ഞാൽ അതിലുള്ള പോസിറ്റീവ് എനർജിയെ നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് മനസ്സിലായില്ലേ ആ സംസ്കാരം അങ്ങനെയാണ് വന്നിരിക്കുന്നത് പൂക്കൾ കിട്ടിയ ഉടനെ നിങ്ങൾ കണ്ടോ പൂജയുടെ അവസാനത്തെ ചടങ്ങ് പൂജ കഴിഞ്ഞു കഴിഞ്ഞാൽ പൂക്കൾ എടുത്തുകൊണ്ട് കാണിച്ചുകൊണ്ടാണ് അത് മാറ്റിവെക്കുന്നത് പഴയ എനർജി തന്നിലേക്ക് എത്തിക്കുകയാണ് ഈ മന്ത്രങ്ങൾക്കെല്ലാം എന്തുണ്ട് ശക്തി ഉണ്ടെങ്കിൽ മന്ത്രങ്ങൾ വരുന്നത് മനസ്സിൽ നിന്നാണ് അപ്പൊ തീർച്ചയായിട്ടും മന്ത്രങ്ങൾക്കൊരു കൂവിന് പോസിറ്റീവ് എനർജി കൊടുക്കാൻ സാധിക്കുമെങ്കിൽ കാമമെന്നൊരു വികാരത്തിൽ നിന്നാണ് കുട്ടികൾ ഉണ്ടാകുന്നതെങ്കിൽ ആ ബീജത്തിൽ ആ സമയത്തുണ്ടാകുന്ന മനസ്സിലെ വിചാരങ്ങളുടെ ഒരു സ്വാധീനം ഉണ്ടായിരിക്കണം യാതൊരു സംശയമില്ല അതിൽ അപ്പൊ അത് വളരെ തപസ്സിൽ നിന്നുണ്ടാകുന്ന ഒരു വിചാരത്തിൽ നിന്നുണ്ടാകുന്ന ബീജമാണെങ്കിൽ അതിലുണ്ടാകുന്ന കുട്ടിയിലും ഏത് സംസ്കാരം ഉണ്ടാവണം തപസ്സിന്റെ ഒരു സംസ്കാരം ഉണ്ടായിരിക്കണം അതായിരിക്കണം ശങ്കരാചാര്യർക്ക് തപസ് ഒരു സംസ്കാരം ഉണ്ടായത് മനസ്സിലാവുന്നുണ്ടല്ലോ ഇപ്രകാരം മനുഷ്യ മനസ്സ് മൂന്ന് തരത്തിലുള്ള സൃഷ്ടികൾ ചെയ്യുന്നു പറയാനും തമോഗുണത്തിലൂടെ തമോ ഗുണമെന്ന സംസ്കാരം പ്രബലമായിരിക്കുന്ന ആ മനസ്സിൽ നിന്നുണ്ടാവുന്ന കുട്ടികളിൽ ഏത് വികാരം ഉണ്ടാവണം തമോ ഗുണമുണ്ടാവണം രജോ ഗുണമുള്ള സംസ്കാരത്തിൽ നിന്നുണ്ടാവുന്ന കുട്ടികളിൽ രജോ ഗുണമുണ്ടാവണം സാത്വിക ഗുണമുള്ള സംസ്കാരത്തിലൂടെ ഉണ്ടാവുന്ന കുട്ടികളിൽ സാത്വിക ഗുണം ഉണ്ടാവണം അങ്ങനെയാണ് പ്രപഞ്ചത്തിൽ ഇവിടെ മൂന്ന് ഗുണങ്ങളുള്ള കുട്ടി സംസ്കാരങ്ങൾ നമ്മൾ ചില കുട്ടികളെ കാണാൻ ഇന്നും ഒരു അലസത ആയിട്ടുള്ള കുട്ടികൾ ചിലരാണെങ്കിൽ പിടിച്ചു നിർത്താൻ പറ്റില്ല അത്ര വൈബ്രേഷൻ എന്നാണ് അതായത് എനർജി ആയിരിക്കും അട്ടങ്ങിയിരിക്കുന്നവരുടെ സ്വഭാവം ഉണ്ടാവില്ലേ ചില കുട്ടികളെ നിൽക്ക് കാണാം ചിലരാണെങ്കിൽ ഒന്നും പറയേണ്ട ആവശ്യമില്ല പറയാതെ തന്നെ കാര്യങ്ങൾ വേണ്ട വിധത്തിൽ ചെയ്യുന്ന കുട്ടികളുണ്ട് ഇതൊക്കെ എങ്ങനെ വന്നോ ചോദിച്ചു അച്ഛനിലും അമ്മയിലും പ്രബലമായിരിക്കുന്ന വികാരം ആരെയും സ്വാധീനിക്കുന്നുണ്ട് കുട്ടികളെയും സ്വാധീനിക്കുന്നുണ്ട് ഇതൊന്നും ഇന്നത്തെ മെഡിക്കൽ സയൻസ് ചിന്തിച്ചിട്ടില്ല നമ്മുടെ ഭൂമികന്മാര് കടന്നുപോയ ദിശയിലൊന്നും മെഡിക്കൽ സയൻസ് അവരുടെ ഈ ബീജവും മണ്ടോ അടി ചേർത്ത് കഴിഞ്ഞാൽ കുട്ടിയെയാണ് നമ്മൾ അങ്ങനെയല്ലേ ചിന്തിക്കുന്നത് അതുകൊണ്ടാണ് ഈ ടോണി പരാജയപ്പെടുന്നത് ട്രോണിങ്ങിനെ കുറിച്ച് ശാസ്ത്രജ്ഞന്മാർക്ക് വരുന്നത് രണ്ട് ശരീരത്തിലെ സെല്ലുകൾ എടുത്തുകൊണ്ട് അത് വിഭജിച്ച് വിഭജിച്ച് ഒരു കുട്ടിക്ക് ജന്മം കൊടുത്താൽ അതിന്റെ സ്വഭാവം എന്താവെന്ന് പറയാൻ സാധ്യല്ലത് നിസ്ലൈനീവൻ ക്രൂരന്മാരായിട്ടുള്ള ആളുകൾക്ക് പോലും നല്ല ആളുകൾ കുട്ടികളോട് ജനിച്ചിട്ടുണ്ട് നമുക്ക് കാണാം ഹിരണ്യകൃശ്വിന്റെ പുത്രനായി വരുന്നത് പ്രഹ്ലാദനാണ് അപ്പോ ആ വ്യക്തിയുടെ അതേ സ്വഭാവം ആർക്കുണ്ടായിക്കൊള്ളുന്നില്ല കുട്ടികൾക്കുണ്ടായിക്കോള എന്നാൽ ആ വ്യക്തിയുടെ മനസ്സിന്റെ വിചാരവികാരങ്ങൾ സാത്വികമാണെങ്കിൽ അയാൾക്ക് ഇങ്ങനെയുള്ള കുട്ടികൾ വരും സാത്വിക ഗുണങ്ങളുള്ള കുട്ടികൾ വരും ഇത് നമുക്ക് കാണിച്ചു തരികയാണ് ഇനി ഇവിടുന്ന് അദ്ദേഹം തനകാതി മഹർഷിമാരെ സൃഷ്ടിച്ചു അവരൊന്നും പ്രജാതൽപരരായിരുന്നില്ല പിന്നീട് വീണ്ടും സൃഷ്ടിച്ചവരാണ് സപ്തർഷികളല്ല നാരദരെ തുടങ്ങിയവരൊക്കെ വന്നു പറഞ്ഞു അവരും പ്രജാതൽപരായിരുന്നില്ല അങ്ങനെ അദ്ദേഹത്തിന് വളരെ വിഷമം തോന്നി ഇങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ ഈ പ്രജാസൃഷ്ടി വർദ്ധിക്കണല്ലോ അതിനെന്താ വേണ്ടത് അതിലദ്ദേഹം സ്വന്തം ശരീരത്തിന്റെ രണ്ട് ഭാഗത്തു നിന്നും രണ്ട് സൃഷ്ടി ചെയ്തു അവരായിരുന്നു ആദ്യത്തെ പ്രജാസൃഷ്ടിയിൽ കൽപ്പരരായിരുന്ന മനുഷ്യപ്രജകളായ സ്വായംഭൂമനവും ചതരൂപാധിയും അവർക്ക് പരസ്പരം ആകർഷണം തോന്നിയതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആകർഷണം തോന്നി എന്താണത്തെ ആകർഷണത്തിന് കാരണം സ്വായംഭോമനവന് തോന്നിയത്രേ ഈ ശതരൂപാദേവി കിട്ടിയാൽ ജീവിതം സുഖമായ ശതരൂപാദേവിക്ക് തോന്നിയത്രേ ഈ സ്വയംഭോമന് കിട്ടിയാൽ എന്റെ ജീവിതം സുരക്ഷിതമായ അപ്പൊ ഒരാൾക്ക് സ്വതവേ ശക്തിയില്ല എന്നുള്ള തോന്നലും മറ്റൊരാൾക്ക് സ്വതവേ സുഖമില്ല എന്ന തോന്നലും ആണത്രേ ഇവരെ പരസ്പരം ആകർഷിച്ചത് വിവാഹ ജീവിതത്തിന്റെ പിന്നിലുള്ള രഹസ്യം എന്ന് പറയുന്നത് ആകർഷണമാണ് എന്തിലേക്കാണ് അത്രേം മനുഷ്യൻ ആകർഷിക്കുന്നത് ഒരാൾ മറ്റൊരാളെ നോക്കുമ്പോ കാണുന്നു തോന്നുന്നു അയാൾക്ക് അവിടെയാണ് സുഖം എന്ന് അനുഭൂതിയിരിക്കുന്നത് മറ്റാൾക്ക് മറ്റേ കാണുമ്പോ തോന്നുന്നത് അയാളിലാണ് സുരക്ഷിതത്വം വരിക്കുന്നത് എന്നാണ് അപ്പൊ ഈ വിവാഹ ബന്ധങ്ങളൊക്കെ വന്നിരിക്കുന്നത് രണ്ട് കാര്യങ്ങൾ പൂർത്തീകരിക്കാനാണ് ഒന്ന് സുഖവും രണ്ട് സുരക്ഷിതത്വം നോക്കൂ നിങ്ങൾ നിങ്ങളുടെ മകളെ നിങ്ങൾ കല്യാണം കഴിച്ചുകൊടുക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ് അവരുടെ ജീവിതം സുരക്ഷിതമാകാൻ വേണ്ടിയിട്ടാണ് മകൻ എന്തിനാണ് കല്യാണം കഴിച്ചു കൊടുക്കുന്നത് അവന്റെ ജീവിതം അവള് വന്നാ സുഖമായിരുന്നു വേറെ കാര്യം സുഖം ഉണ്ടാവില്ലേ എന്നുള്ളത് എന്നാലും അവനൊരു ഫീലിംഗ് നമുക്കൊരു ഇമാജിനേഷൻ അവന്റെ ജീവിതം സുഖമായിരുന്നു കാരണം കാര്യങ്ങളൊക്കെ അവർക്ക് ഒരുക്കി കൊടുത്തോളം ചെയ്തു കൊടുത്തോളം അതുകൊണ്ട് അവന്റെ ജീവിതം സുഖായിരിക്കും ഇങ്ങനെ സുഖത്തിനും സുരക്ഷിതത്തിനും വേണ്ടിയിട്ടാണ് മനുഷ്യൻ ബന്ധങ്ങൾ ഉണ്ടാക്കിയത് എന്നവരെയാണ് ഇനി എന്തുണ്ടായി അങ്ങനെ അവൻ ചേർന്ന് പിന്നെ പ്രതികൾ ഉണ്ടാവുകയാണ് ഇനി അടുത്ത പതിനൊന്നാമത്തെ ദശകത്തിലാണ് ഇവിടെ സ്വായം ഗോമനുവും ശതരൂപാദേവിയും ഒരുമിച്ച് ഒന്നിച്ചു കൂടിയപ്പോ താമസിക്കാൻ ഒരിടം നോക്കിയപ്പോ ഭൂമിയെ കാണാനില്ലാതെ ഇട എവിടെ പോയി ഭൂമി ഭൂമിയെ ആരോ കൊണ്ടുപോയിരിക്കുന്നു ആരാ ഭൂമിയെ കൊണ്ടുപോയത് ആ കഥയിലേക്ക് കടക്കുകയാണ് ഹിരണ്യാച്ചിരണ്യവിശുവിന്റെയും കഥയിലേക്ക് പതിനൊന്നാമത്തെ ദശകം ക്രമേണ സർഗേ പരിവർദ്ധമാനേ കഥാവിദിവ്യാസനഗാദയസ്വൽ വിരേമാരുതമന്തിരേ ക്രമേണ സർഗൈ പരിവർദ്ധമാനേ ഇങ്ങനെ സൃഷ്ടി മേൽക്കുമേൽ വർദ്ധിച്ചുകൊണ്ടിരിക്കെ നേരത്തെ പറഞ്ഞില്ലേ സനകാതി മഹർഷിമാരെല്ലാം ഒരു ദിവസം ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് വൈകുണ്ഠത്തിലെത്തി സനകാഥയ പവൽവി ലോകായ വൈകുണ്ഠലോകം പ്രമേദിലേ സനൽകുമാരാദി മഹർഷിമാർക്കൊരു മോഹം ഭഗവാനെ ഒന്ന് വൈകുണ്ഠത്തിൽ പോയി കാണണത് കഥ പറയുമ്പോൾ നമ്മൾ അർത്ഥെടുക്കണം ഇതിലോ അവിടെ ചെന്നപ്പോഴോ മനോജ്ഞ നൈസ്രേസ മനോജ്ഞ നൈശ്രേസാനാ ഭീമണിമിന്തിരൈ അനോപമം തമ്പതോ നികേതം ീര മനോക്ത നൈശ്രേയസകാനനാധി മനസ്സിന് അങ്ങേയറ്റം ഉന്മാദം തരുന്ന ഉന്മേഷം തരുന്ന നൈശ്രേയസം എന്ന് പറയുന്ന ഉദ്യാനത്തിൽ അനേകം തടാകങ്ങൾ അതുപോലെ മാളികകള് ഇപ്രകാരമെല്ലാം അതിമനോഹരമായിരിക്കുന്ന അങ്ങയുടെ ആ ധാമത്തെ ആ പ്രാപിച്ചു